നിരുമനസ്സിന് ഞാനറിഞ്ഞ് ഞാനതിന് ശ്രീവാ എന്നെ തന്നെ സിരിയ നാദാ എൻ്റെ ദിനസുഖം ദമദാ അർപ്പിപ്പാനം ധ്രുവജിയൻ ദിനസുഖം Thank you. മാരുടെ കാൽച്ചുവടുകളിൽ കൂടെ തെറ്റാതെ പോകുവാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ പരിശുദ്ധന്മാരുടെ ആ കാലടിപ്പാതകളെല്ലാം യേശുക്രിസ്തുവിന്റെ പിന്നാലെയായിരുന്നു നായകനും വിശ്വാസനായകനും ജീവന്റെ നായകനും രക്ഷാനായകനുമായ യേശുക്രിസ്തുവിന്റെ പിന്നാലെയാണ് സിദ്ധന്മാർ പരിശുദ്ധന്മാരെല്ലാവരും നടന്നത് യേശുവിന്റെ പിന്നാലെ തന്നെ യേശുവിനെ നോക്കിക്കൊണ്ട് സാക്ഷികളുടെ വലിയ സമൂഹം ചുറ്റും നിൽക്കുന്നത് കണ്ടുകൊണ്ട് ആ പരിശുദ്ധന്മാർ യേശുവിനെ അനുഗമിച്ചുപോയ അതേ പാതയിൽ കൂടെ എനിക്കും കർത്താവെ എന്റെ ജീവിതയാത്ര തുടർന്ന് അവസാനിപ്പിക്കണം അതിന് നീ ഭാഗ്യം തരണം ഇതാണ് ഭക്തന്റെ പ്രാർത്ഥന അത് പാലം ഇടുങ്ങിയ പാതകളാണ് അത് സുവിശേഷത്തിന്റെ പാതയാണ് സുവിശേഷത്തിന്റെ പാത ടുങ്ങിയ പാതയാണ് അത് വളരെ ഇടുക്കവും ചെരുക്കവുമുള്ള പാതയാണ് പക്ഷേ ആ പാതയിൽ പുഞ്ചിരിയോടെ പതറാതെ ഉലയാതെ വാടാതെ അല്പം പോലും തളരാതെ ആ പാതയിൽ തന്നെ മുന്നോട്ട് മുന്നോട്ടൊരു ചുവട് പിന്നോക്കം വയ്ക്കാതെ മുന്നേറി മുന്നേറി മേൽക്കുമേൽ കരുതലോടെ മുന്നോട്ട് പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം ദൈവത്തിന് സ്തോത്രം യോഹന്ന സ്നാവകനെക്കുറിച്ചാണ് നാം പഠിക്കുന്നത് യവഹന സ്നാപകനെക്കുറിച്ച് വളരെ വളരെ അനുഗ്രഹീതമായ ധ്യാനങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് വളരെ ശ്രേഷ്ഠമായ ചില ചിന്തകൾ സ്നാപകന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് ഉതകുന്ന അനേകം കാര്യങ്ങൾ നാം ഓരോന്നോരോന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് പയ്യെ പയ്യെ നാം പിച്ചവെച്ച് പിച്ചവെച്ച് നടക്കാൻ തുടങ്ങുകയാണ് നാം ഒന്നുമായില്ല വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ ആത്മീയ കാര്യത്തിൽ ും ഒന്നും ആയിട്ടില്ല ഇനിയും വളരെയേറെ വളരെയേറെ പഠിക്കാനുണ്ട് എന്തിന് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ എയിൻസ്റ്റീൻ പറഞ്ഞു വിശ്വവിജ്ഞാനത്തിന്റെ ആ പാരാവാരത്തിന്റെ തീരത്ത് മണൽത്തെരിയിൽ കക്ക വെറുക്കി കളിച്ചു കൊണ്ടിരിക്കുന്ന വെറുക്കി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് തുല്യമാണ് ഞാനെന്ന് ഞാനിപ്പോഴും ആ പാരാവാരത്തിൽ സമുദ്രത്തിൽ ഞാൻ കാല് തോട്ടിട്ടില്ലെന്ന് വിജ്ഞാനസാഗരം അതങ്ങ് പരന്ന് വിശാലമായി നിവർന്ന് കിടക്കുകയാണ് അതിലേക്ക് ഞാൻ തൊട്ടിട്ടില്ല ഞാന് അതിന്റെ തീരത്തിരുന്ന് ആ കക്കാവെറുക്കിയും ചാരിലുകൾ വെറുക്കുകയും കളിക്കുന്ന കൊച്ചുകുട്ടിയെപ്പോലാണ് തീരത്തുള്ള മണൽത്തരികളിൽ ഇന്നും കളിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് ഇനിയും വിജ്ഞാനോങ്ങ് ദൂരെ അങ്ങ് അറുതിയില്ലാതെ അന്തമില്ലാതെ വിശാലമായി പരന്ന് കിടക്കുന്നുവെന്ന് ആരാണ് പറഞ്ഞത് എയ്ൻസ്റ്റീനാണ് പറഞ്ഞത് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ആറ്റം ബോംബിന്റെ ഫോർമുല കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഈ ഈ ഏയിൻസ്റ്റീൻ അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ നമുക്കും പറയണം നമ്മൾ എയ്ൻസ്റ്റീനെ പോലെയൊന്നും ആയില്ല പക്ഷേ നാം ആത്മീയ ജീവിതത്തിൽ പിച്ചവെച്ച് നടക്കാൻ തുടങ്ങുകയാണ് നിവർന്ന് ശരിക്ക് നടക്കാറായിട്ടില്ല പലയിടത്തും പിടിച്ചു പിടിച്ച് അവർക്ക് നടക്കാറായിട്ടുള്ളൂ ആരെങ്കിലും കയ്യിൽ പിടിച്ചാണെങ്കിൽ സഹായം ഉണ്ടെങ്കിൽ നടന്നു പോകാം അത്രയ്ക്കെ ആയിട്ടുള്ളൂ പക്ഷേ നമുക്ക് അങ്ങനെ ആ നടന്നു പോകുന്ന ആ വഴിത്താരയിൽ നമുക്ക് ആവശ്യമുള്ള വചനം കർത്താവ് കൃപയാൽ നമ്മുടെ പ്രായത്തിനൊത്തതുപോലെ തന്നുകൊണ്ടിരിക്കുന്നു ഓരോ പ്രായത്തിന്റെ അളവിനൊത്തതുപോലെ ദൈവം നമുക്ക് വചനം തന്നുകൊണ്ടിരിക്കുന്നു കർത്താവെ നിന്റെ വചനത്തിന്റെ സാഗരത്തിലേക്ക് ഇറങ്ങാൻ നിന്റെ വചനത്തിന്റെ അഗാധതയിലേക്ക് ഊളിയിട്ട് കടന്നു ചെല്ലാൻ എനിക്ക് നീ കൃപതരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുക വചനത്തിന്റെ ആഴങ്ങൾ വചനത്തിന്റെ ആഴപ്പരപ്പുകൾ കർത്താവെ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് മുങ്ങി മുങ്ങിച്ചെന്ന് പെറുക്കിയെടുക്കാൻ മുത്തുകൾ ശേഖരിക്കാൻ കർത്താവെ എനിക്ക് ഭാഗ്യം തരണമേ ഇതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന ഈ മുത്ത് പെറുക്കുന്നത് അങ്ങനെയാണല്ലോ ആഴിയുടെ അഗാധങ്ങളിലേക്ക് അങ്ങ് മുങ്ങി മുങ്ങിച്ചെന്ന് അവിടെ നിന്ന് മുത്തുചുട്ടികൾ പെറുക്കിയെടുത്തുകൊണ്ടു വന്ന് മുത്ത് അതിൽ നിന്ന് മാറ്റിയെടുത്ത് അങ്ങനെയാണ് വിലയേറിയ മുത്ത് സംഭരിക്കുന്നത് കർത്താവെ എനിക്ക് ഈ മൊഴിമുത്തുകൾ പെറുക്കിയെടുക്കണം തിരുവചനത്തിന്റെ മുത്തുകൾ തിരുവചനത്തിന്റെ പേൾസ് എനിക്ക് പെറുക്കിയെടുക്കണം ഇതിന്റെ ജ്വൽസ് എനിക്ക് പെറുക്കിയെടുക്കണം കർത്താവെ ഈ മുത്തുകൾ എനിക്ക് പെറുക്കിയെടുക്കാൻ നീ കൃപ തരണമേ ഇതാണ് നമ്മുടെ പ്രാർത്ഥന നിങ്ങളും പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിക്കാം കാരണം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഈ ദൈവീക വചനത്തിൽ ഇനിയും പരിജ്ഞാനം കിട്ടേണ്ടിയിരിക്കുന്നു എനിക്കും ആഴങ്ങൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു കർത്താവെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നടത്തണമേ ഇതാണ് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് സ്ത്രോത്രം ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം ആദ്യഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ വായിച്ചു കേൾക്കാം ഈ വലിയ വായിച്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ കൊന്തിയോസ് പീരാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഖലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇദൂരിത്രോനി ദേശങ്ങളിലും ലുസന്യാസ് അബിലോനിയയിലും ഇടേ ഹന്നാവും കയ്യാഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സഖ്രിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി അവൻ യോധാനരിയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു ദൈവത്തിന് സ്തോത്രം കാലത്തെക്കുറിച്ചുള്ള വർണ്ണന അതിമനോഹരമാണ് തീപരിയാസ് കൈസറുടെ വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ അഗസ്റ്റ സീസറിന്റെ കാലം കഴിഞ്ഞു സീസറിന്റെ കാലമായി ജൂലിയ സീസർ കഴിഞ്ഞ് റോമൻ സാമ്രാജ്യം ഭരിച്ചത് ഔഗുസ്തോ സ്കൈസർ എന്ന് പറയുന്ന അഗസ്റ്റ സീസറാണ് ദ ഗോൾഡൻ ഏജ് ഓഫ് റോം എന്ന് ചരിത്രകന്മാർ വിശേഷിപ്പിക്കുന്ന ഏറ്റവും നല്ല കാലയളവ് ആ ഔഗുസ്തോ സ്കൈസറുടെ കാലം കഴിഞ്ഞ് പിന്നീട് ഭരണം നടത്തുന്നത് അത് തീവരിയോസ് കൈസരാണ് ഈ തീവരിയോസ് കൈസർ വാഴുന്ന അദ്ദേഹത്തിന്റെ വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദിനാട് വാഴുമ്പോൾ അന്ന് ഈ പലസ്റ്റൈൻ മുഴുവൻ ഭരിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് നിയമിച്ച ഗവർണറാണ് ഈ പൊന്തിയോസ് പീലാത്തോസ് പീലാത്തോസിന്റെ അപ്പന്റെ പേരാണ് പൊന്തിയോസ് പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യനാട് വാഴുമ്പോൾ അന്ന് ഗലീല ഡിസ്ട്രിക്ടിന്റെ ഇടപ്രഭുവായി അഥവാ അവിടുത്തെ രാജാവായി അവിടത്തെ ആ പ്രോവിൻസ് ഭരിക്കാനുള്ള ആളായിട്ട് ദിവജോസ് കൈസർ സീസറന്മാരെ നിയമിച്ച ആളാണ് അന്തിപ്പാസ് ഹേരോദാവ് ഗലീലയിലും അവന് സഹോദരനായ ഫിലിപ്പോസ് ഇദൂര്യ ത്രഖോനിത്തി ദേശങ്ങളിലും മാത്രമല്ല ലുസാനിയാസ് എന്ന് പറയുന്നയാള് അബീലയിലും ഇടപെറുക്കന്മാരായും വാഴുന്ന കാലത്ത് ആ കാലത്ത് ഹന്നാവും കയ്യാഫാവുമാണ് യറൂസലേം ദേവാലയത്തിലെ മഹാപുരോഹിതന്മാർ നോക്കൂ എല്ലാം ഉണ്ട് പ്രോവിൻസ് ഭരിക്കുന്നവരുണ്ട് നാട് ഭരിക്കുന്ന ഗവർണറുണ്ട് ആ സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥനായ കൈസറുണ്ട് ഒപ്പം സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ള രണ്ട് മഹാപുരോഹിതന്മാരുമുണ്ട് അങ്ങനെയുള്ള ആ കാലത്ത് അന്ന് ദൈവത്തിനുവെച്ചു രേഖപ്പെടുത്തുന്നു അവിടെ മരുഭൂമിയിൽ ഒരാൾക്ക് ഒരരുളപ്പാടുണ്ടായി ദൈവത്തിന്റെ സ്തോത്രം ഒരു ദൈവദാസന് ഒരു ദൈവവൈതലിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി എന്റെ ദൈവത്തിന്റെ സ്തോത്രം ദൈവപുരുഷന് ദൈവം കൊടുക്കുന്ന സ്ഥാനം രാജാവിന്റെയും ചക്രവർത്തിമാരുടെയും സ്ഥാനത്തിനെല്ലാം വളരെ മീതിയാണ് എന്താണ് ആ സ്ഥാനം ദൈവത്തിന്റെ അരുളപ്പാട് സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് പകർന്നു കൊടുക്കാനുള്ള അത്ഭുതകരമായ അധികാരം അതൊരു വലിയ പദവിയാണ് വലിയ സ്ഥാനമാണ് വലിയൊരു ഭൌതികമായി പറഞ്ഞാൽ വളരെ ഉന്നതമായ ഒരു ഔദ്യോഗിക മഹിമയാണ് അന്ന് മരുഭൂമിയിലെ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി ആർക്ക് സഹരിയാവിന്റെ മകനായ യോഹന്നാന് യോഹന്ന സ്നാപകന് അരുളപ്പാടുണ്ടായി അവൻ യോർധാനരികയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു മാനസാന്തരപ്പെടുവീൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നാണ് യോഹന്നാസ് നാവകൻ പ്രസംഗിച്ചത് മർക്കോസിന് ശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ അത് നമുക്ക് കാണാം നിങ്ങൾ ദേവരാജിനെ സമീപിച്ചിരിക്കിയാൽ മാനസാന്ദ്രപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ ഒരു സുവിശേഷം ഇതാവ് വരാൻ പോകുന്നു ഒരു സദ്വർത്തമാനിതാ കേൾക്കാൻ പോകുന്നു സദ്വർത്തമാനത്തിന്റെ ഉടമസ്ഥനിതാവ് വരാൻ പോകുന്നു സാക്ഷാൽ മിശിഹാവ് എഴുന്നള്ളി വരാൻ പോകുന്നു അവന് അവന്റെ വരവിന് മുന്നോടിയായി ഞാൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ സൂര്യൻ ഒദിക്കാറായിരിക്കുന്നു പക്ഷേ സൂര്യൻ ഒതുക്കുന്നതിന് മുൻപ് ഒരു ശുക്രനക്ഷത്രം ഒതുക്കുമല്ലോ അതുപോലെ ഞാൻ ഒരു പെരുമീൻ ഉദിക്കുന്നതുപോലെ തൽക്കാലം ഞാനൊന്ന് വന്നു എന്നേ ഉള്ളൂ ഞാന് സൂര്യനൊദിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് വന്നു എന്നേ ഉള്ളൂ ദൈവത്തിന് സ്തോത്രം പറയുകയാണ് നാലു അഞ്ചും നാലു വഞ്ചും ആറും വാക്യങ്ങൾ വായിക്കാം മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിധ കർത്താവിന്റെ വഴി ഒരുക്കു അവന്റെ പാത നേരപ്പാക്കീൻ എല്ലാ താഴ്വരയും നികന്നുവരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സകലചടവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ ഇഷയാപ്രവാചന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തന്നെ മരുഭൂമിയിൽ വിളിച്ചു പറയുകയായിരുന്നു യോർദാൻ ആറിന്റെ തീരത്തുള്ള ആ മണലാരണ്യത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു കർത്താവിന്റെ വഴിയൊരുക്കുകയും അവന്റെ പാത എല്ലാ താഴ്വരയും നികന്നുവരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സകലചടവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ എസീയ പ്രവാചക പുസ്തകത്തിൽ മുൻകൂട്ടി പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന് സ്ത്രോത്രം ആ കാലത്ത് അന്ന് യഹൂദ യഹൂദ്യ ദേശത്ത് യഹൂദന്മാര് പല വിഭാഗങ്ങളായിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ പറയുകയുണ്ടായി ആ കാലം ഇരുളടഞ്ഞ കാലമാണെന്ന് ആ കാലം ദൈവീക ദർശനമില്ലാത്ത കാലമാണ് അങ്ങനെയാണ് ആത്മീയ ജീവിതത്തിൽ ചില കാലങ്ങൾ ഉയർന്ന കാലങ്ങൾ ചില കാലങ്ങൾ താഴ്ന്ന കാലങ്ങൾ ഉയർച്ച താഴ്ചകൾ കുന്നുകളും താഴ്വരകളും ആത്മീയ ജീവിതത്തിലുണ്ട് വേയിവിസെന്ന് പറയും തിരമാലകൾ തിരമാലകൾ പൊങ്ങിവരും പിന്നീട് താണുവരും പിന്നെയും പൊങ്ങും പിന്നെയും താഴും ദൈവത്തിന് സ്തോത്രം അന്ന് അന്ന് ആ നാല് നൂറ്റാണ്ടുകാലം ഏതാണ്ട് നാനൂറ് വർഷം അന്ന് ഇസ്രായേൽ ജാതി ഇരുളിലായിരുന്നു അവർക്ക് ആത്മീയ വെളിച്ചമില്ലാതിരിക്കുകയായിരുന്നു ദൈവത്തിന്റെ പ്രത്യക്ഷതയില്ലാതിരിക്കുകയായിരുന്നു വെറും ചടങ്ങുകൾ മാത്രമായിരുന്നു അന്ന് വെറും ആചാരങ്ങൾ മാത്രമായിരുന്നു അന്ന് ചില ആചാരങ്ങളിൽ മാത്രം സഭകൾ സമുദായങ്ങൾ ഇസ്രായേൽ സഭ തങ്ങി അന്ന് ഇസ്രായേൽക്കാര് പല തട്ടിൽ പല തരത്കാരുണ്ടായിരുന്നു പരീശന്മാർ ഭാഗമാണ് ഹേരോതിര് വേറൊരു ഭാഗമാണ് എരിവുകാരെ വേറൊരു ഭാഗമാണ് സദൂക്കിരെ വേറൊരു ഭാഗമാണ് യസ്എന്യരെ വേറൊരു ഭാഗമാണ് ശാസ്ത്രികൾ വേറൊരു ഭാഗമാണ് അങ്ങനെ പല വിഭാഗങ്ങളായി തീർന്നിരുന്നു പലതരത്തിൽ അവരിങ്ങനെ പല പല തട്ടുകളായി ആ സമൂഹത്തിൽ ഏറ്റവും ധനാഠ്യത്വമുള്ള ഒരു വർഗമായിരുന്നു പരീശന്മാര് അവര് ന്യായപ്രമാണ കൽപനകളെല്ലാം മോശം ന്യായപ്രമാണ കൽപനകളെല്ലാം ആചരിക്കുന്നവരാണ് എന്ന് അഭിമാനം കൊണ്ടവരായിരുന്നു അവർ പരസ്യമായി ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നത് പരസ്യമാക്കുകയും അതെല്ലാം പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുന്നവരായിരുന്നു ചന്തകളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പരസ്യമായി പ്രാർത്ഥിക്കുന്നത് അവർക്കൊരു വലിയ സന്തോഷമായിരുന്നു ജനത്തെ കാണിക്കാനുള്ള പ്രാർത്ഥനകൾ ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ആത്മീയ ശുശ്രൂഷകൾ ജനത്തെ ബോധ്യപ്പെടുത്തുകയും ആളുകളുടെ മുമ്പിൽ ഒരു കൈയ്യടി വാങ്ങുകയും ചെയ്യുന്ന രീതിയിൽ ബഹുമതി വാങ്ങുന്ന രീതിയിൽ ചെയ്യുന്ന സാധുന സേവന പ്രവർത്തന പദ്ധതികൾ ഇതെല്ലാമായിരുന്നു പരീശന്മാരുടെ അന്നത്തെ സ്വഭാവഗതികൾ അവർക്ക് വലിയ നിഷ്ഠയായിരുന്നു അവർക്ക് പഞ്ചഗ്രന്ഥങ്ങളിൽ മോശ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഗ്രന്ഥങ്ങൾ അഞ്ചെണ്ണം അതിലെ മോശ പറഞ്ഞിരിക്കുന്നതായ ആശയഗതികളെല്ലാം ജീവിതത്തിൽ പകർത്താൻ നിഷ്ഠയുള്ളവരായിരുന്നു അതെല്ലാം അക്ഷരം പ്രതി പാലിക്കണമെന്ന് നിഷ്ഠയുള്ളവരായിരുന്നു അവര് മോശം ന്യായപ്രമാണത്തിൽ പലതും കുറെ കൂടി കർക്കശമാക്കുകയും ആ ന്യായപ്രമാണ കൽപ്പനകളിലുള്ളതായ പല ആശയങ്ങളും അവരവരുടേതായി വളച്ചൊടിച്ച് അവര് പുതിയ രീതിയിൽ അതെല്ലാം വ്യാഖ്യാനിച്ച് ജനത്തെ കൂടുതൽ ചുമടു ചോപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു പരീസന്മാര് ഹരോദ്ദിര എന്ന് പറയുന്നത് ഹരോധാരാജാവിന്റെ കൂട്ടത്തിലുള്ള യഹൂദന്മാരാണ് യഹൂദൻ തന്നെയാണ് പക്ഷേ അവർ വേറൊരു വിഭാഗമായിരുന്നു ഹെരോദ്യരയെക്കുറിച്ച് വേദപുസ്തം പറയുന്നത് റോമിലെ പ്രവിശ്യയായി പ്രോവിൻസായ പലസ്റ്റൈനിൽ രാജപദവി കൊടുത്ത് റോമൻ സർക്കാരിന്റെ പ്രതിനിധിയായി ഹേരോദാവ് എന്ന ഒരാളെ അങ്ങനെ സീസർ നിയോഗിച്ചിരുന്നു ആ ഹേരോദാവിന്റെ പക്ഷം ചേർന്നിൽക്കുന്ന ആളുകൾ അങ്ങനെ ഹേരോദ്യ എന്ന പേരിൽ അങ്ങനെ ഒരു ചെറിയ പാർട്ടിയായിട്ട് അവിടെ രൂപം കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കുക പല പല ഇൻഡിപെന്റന്റ് ഗ്രൂപ്പുകൾ വരുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് അതെല്ലാം സ്വന്തമായി ചില വ്യക്തി താൽപ്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയുള്ളതായ ആത്മീകത്തിന്റെ ഛായയണിഞ്ഞ യത്നങ്ങളാണ് ഈ ഇൻഡിപെന്റന്റ് ഗ്രൂപ്പുകൾ ഇന്ന് വർധിച്ചുവരുന്ന കാലമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത് വന്ന് വന്ന് പല ചിലതെല്ലാം കൾട്ടുകളായി അത് പതിക്കും കൾട്ട് കൾട്ട് എന്ന് പറഞ്ഞാൽ വീരാരാധന ഹീറോ വർഷിപ്പായിട്ട് അവതരിക്കും ഹീറോ വർഷിപ്പായിട്ട് തീരും അത് വളരെ അപകടകരമായ നിലയാണ് നമ്മുടെ ഈ ആധുനിക കാലത്തുകൊണ്ട് കൾട്ടുകളുടെ പെരുപ്പം പലതരത്തിൽ ചില വ്യക്തികളെ വീരാരാധനയില് ജനം കാണാൻ തുടങ്ങും അവർ പറയുന്നതെല്ലാം മുഴുവനും ദൈവം പറയുന്നതാണ് എന്ന് ധരിച്ചുകൊണ്ട് അങ്ങനെ അവരെ അന്ധമായി അനുകരിക്കാൻ തുടങ്ങും അന്ധമായിട്ട് അവര് പറയുന്നതെല്ലാം സ്വീകരിക്കുകയും അങ്ങനെ ജനം വഴുതിട്ടിപ്പോകുകയും ചെയ്യും കൾട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ വചനമായിട്ട് ഇവർ പറയുന്നത് ഒത്തുവരുന്നുണ്ടോ എന്ന് നോക്കുക മാത്രം ചെയ്താൽ മതി ഈ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനമുണ്ടല്ലോ ബൈബിളുമായിട്ട് ഒത്തു വരുന്നുണ്ടോ ഇല്ലെങ്കിൽ അത് കൾട്ടാണ് ദൈവത്തിന്റെ സ്തോത്രം ബൈബിളുമായിട്ട് യോജിച്ചു വരുന്നുണ്ടോ അവരും ബൈബിൾ ഉദ്ധരിക്കും പക്ഷേ ബൈബിളിലെ വാക്യങ്ങൾ ഉദ്ധരിക്കുമ്പോൾ പോലും അവരുടെ ചില സ്വാർത്ഥ താൽപ്പര്യങ്ങൾ അതിനകത്ത് തിരികെ അത് നുഴഞ്ഞു കയറി ജനത്തെയെ വഴിതെറ്റിക്കും ഇംഗ്ലണ്ടിൽ നിന്ന് ഷൈജൻ ഹൈ റേഞ്ചസില് ഒരു വലിയ സുവിശേഷ പ്രസ്ഥാനത്തിന്റെ വക്താവായി അവിടെ നടന്ന കാലത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചു കാണുമല്ലോ എന്റെ കർത്താവേ ദൈവമേ ആളുകൾ എണ്ണം കൂടുമ്പോൾ ദൈവമേ ഞങ്ങളുടെ വിശ്വാസം ഡൈല്യൂട്ടഡായി പോകല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി ഞങ്ങളുടെ വിശ്വാസം ഡൈല്യൂട്ടഡായി പോകല്ലേ പാല് ഒരു ഗ്ലാസ് പാല് അത് വേണമെങ്കിൽ അത് രണ്ട് ഗ്ലാസ് ആക്കാം ഒരു ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി അതല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് ആക്കാം അര ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി കർത്താവേ ഞങ്ങൾക്ക് നെറും പാല് മതി ഞങ്ങൾക്ക് അതിനകത്ത് മായമില്ലാത്ത പാല് കുടിച്ചാൽ മതി ഞങ്ങൾക്ക് ഡൈലൂട്ടഡ് മിൽക്ക് വേണ്ട ദൈവത്തിന് സ്തോത്രം കർത്താവെ അങ്ങനെയുള്ളത് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ എളിമയോടെ ആചരിക്കുകയുണ്ടായി ഇന്നും ഈ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് പറഞ്ഞത് ഇന്ന് ഡൈലൂട്ടഡ് മിൽക്കാണെന്ന് ചന്തകളിൽ വിൽപ്പരയ്ക്ക് കിട്ടുന്നത് സമുദായ ചന്തകളിൽ ഡൈ ലൂട്ടഡ് മിൽക്ക് വിൽച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് സുവിശേഷ ചന്തകളിൽ ഡൈ ലൂട്ടഡ് മിൽക്ക് വിൽച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ചന്തയെന്ന് പറഞ്ഞത് ദൈവമക്കളെ നിങ്ങൾ ക്ഷമിക്കണം സുവിശേഷത വിലനിർത്തി കാണിച്ചതല്ല പക്ഷേ ഇന്ന് പലതും ചന്തകളായി അധപ്പോച്ചുപോയിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഞാൻ കഴിഞ്ഞ ദിവസം ചിലത് സൂചിപ്പിച്ചു പോയല്ലോ എന്റെ സഹോദരങ്ങളെ നിങ്ങൾ സുവിശേഷ വയലിൽ നിൽക്കുമ്പോൾ തനിമ നഷ്ടപ്പെടാതെ നോക്കിക്കൊള്ളണം ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ നോക്കിക്കൊള്ളണം ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറാതെ നോക്കിക്കൊള്ളണം വചനത്തിന്റെ ആ നേരവരയിൽ നിന്ന് മാറാതെ നിങ്ങൾ ഈ വചനത്തിന്റെ നേർപ്പാതയിൽ കൂടെ മാത്രമേ പോകാവൂ ഒരു കാരണവശാലും ബിബ്ലിക്കൽ അല്ലാത്ത നിങ്ങൾ വഴിപ്പെട്ട് പോകരുത് എന്റെ ദൈവത്തിന് സ്തോത്രം വിടുതൽ ഗ്രൂപ്പിലായിരുന്ന കാലത്ത് ഞാനൊരിക്കൽ അതിന് നേതൃത്വത്തിലുള്ള ഒരു സ്ത്രീയോട് ചോദിച്ചു ഇത് വേദപുസ്തക പ്രകാരം ശരിയല്ലോ എന്ന് ജവഹർണ്ണൻ സാറിനല്ലേ ഈ വേദപുസ്തകം പറയാനുള്ളൂ എന്താ സാറ് പറയുന്ന എന്താണ് ഞാൻ പറഞ്ഞു ഒരുത്തന് കാലുപുള്ളാതെ തീയിൽ കൂടി നടക്കാമോ ഒരുത്തന് തുണി കത്തിപ്പോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ എന്ന് വേദപുസ്തകം പറയുന്നു എനിക്ക് നിങ്ങൾ ഇപ്പോൾ ഈ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് എങ്ങനെ സാധിക്കും എങ്ങനെ പറ്റും അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലോ എന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നാളുകളിൽ ഞാൻ അതൊരു വീർപ്പുമുട്ടി കരഞ്ഞുകൊണ്ടിരുന്ന വിഷയമായിരുന്നു ദൈവത്തിന് സ്തോത്രം വിടുതൽ ഗ്രൂപ്പ് തുടങ്ങിയ കാലത്ത് ആദ്യത്തെ ഏഴുകൊല്ലം പരിശുദ്ധനായ ഒരു നല്ല വിശുദ്ധ ദൈവദാസൻ അത് നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് അത് സമ്പൂർണ്ണ വിശുദ്ധിയായിരുന്നു സമ്പൂർണ്ണ ദൈവസ്നേഹമായിരുന്നു അത് മുഖം നോക്കാത്ത ആത്മീയ ശുശ്രൂഷയായിരുന്നു എന്നാൽ ആ ദൈവമനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം പിന്നീട് അത് പയ്യെ പയ്യെ വഴുതി വഴുതിപ്പോയി അപ്പോഴെല്ലാം പാവപ്പെട്ട ഞങ്ങൾ അത് ചിലത് ഞങ്ങൾ സംശയരൂപേണ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോഴെല്ലാം ഞങ്ങൾക്ക് ചില തർക്കുത്തരങ്ങൾ മാത്രമേ മറുപടിയായി കിട്ടിയുള്ളൂ അതില് അസംതൃപ്തരായിട്ടാണ് ഞങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരുന്ന് പ്രിയപ്പെട്ടവരെ ഈ പാവപ്പെട്ട ഞാനും ഡോക്ടർ കെ ടി പോലൂസും ബഹുമാനയുടെ മാത്യു സാറും ഞങ്ങൾ മൂന്ന് പേര് കോട്ടയത്ത് ഒരു പബ്ലിക് ബൂത്തിൽ നിന്നുകൊണ്ട് വിടുതിൽ ഗ്രൂപ്പിലുള്ളവരോട് ഇനി മേലിൽ ആത്മീയം പറഞ്ഞുകൊണ്ട് കോലഞ്ചേരിക്ക് വരണ്ട എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞത് മൂന്ന് പ്രാവശ്യം എന്റെ ഈ സ്വന്തം ഞാൻ വിളിച്ചു പറഞ്ഞത് ആത്മീയം പറഞ്ഞുകൊണ്ട് നിങ്ങൾ കോലഞ്ചേരിക്ക് വരണ്ട എന്ന് എന്താങ്ങനെ പറയാൻ കാരണം ദൈവത്തിന് സ്തോത്രം നാളുകളിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് കർത്താവെ ഞങ്ങളീ പറയുന്നതും ഞങ്ങൾ നിൽക്കുന്നതും നിന്റെ വഴിയിൽ തന്നെയായിരിക്കണമേ ഡൈ ലൂട്ടഡാകാൻ സമ്മതിക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങനെ വിളിച്ചു പറഞ്ഞത് സ്തോത്രം സഹോദരങ്ങളെ സൂക്ഷിക്കുക പലതരത്തിലുള്ളതായി ഗ്രൂപ്പുകൾ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കും പലതരം ചിന്താഗതികൾ വന്നുകൊണ്ടിരിക്കും ഒന്ന് നിങ്ങളറിയുക എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്റെ പൂർവ യോദിതാക്കന്മാർ പഠിപ്പിച്ചതിന്റെ അന്തസ്സത്ത ഗ്രഹിച്ച് അതാത് കാലത്ത് അതിനകത്ത് ഓരോരുത്തരും അരുത്തിവെച്ചതായ നൂലാമാലകളും ആചാര അനുഷ്ഠാനങ്ങളുടെ എല്ലാ തരത്തിലുള്ളതായ പോരായ്മകളും ഒന്നും ഞങ്ങളെ ബാധിക്കാതെ അന്തസ്സത്ത നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസത്തിന്റെ സംഹിതയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്ക് ക്രമതരണമേ എന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയനാമവും വഹുത്തുപെടട്ടെ സഹോദരങ്ങളെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആധാരം ഈ കറുത്ത പുസ്തകമാണ് ദൈവത്തിന് സ്തോത്രം ഈ ബൈബിൾ ദ ഹോളി ബൈബിൾ എന്ന് പറയുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ വചനത്തിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ എല്ലാ സഭകളെയും ആദരിക്കുന്നു അതുകൊണ്ടാണ് എല്ലാ സഭകളെയും ആദരിക്കുന്നു ഇൻഡിപെന്റന്റ് ഗ്രൂപ്പുകളെയും ഞങ്ങൾ ആദരിക്കുന്നു പക്ഷേ ഞങ്ങൾ അപകടത്തിലേക്ക് പോകാൻ തയ്യാറല്ല ദൈവത്തിന് സ്തോത്രം ജീവിതത്തിൽ മാറ്റമില്ലാതെ ഗ്രൂപ്പുകൾ തുടങ്ങാൻ സാധിക്കും സ്വഭാവത്തിൽ മാറ്റമില്ലാതെ ഗ്രൂപ്പുകൾ തുടങ്ങാൻ സാധിക്കും സ്വാർത്ഥതയ്ക്ക് അതിനെ വിട്ടുവീഴ്ച വരുത്താതെ സ്വാർത്ഥത വിട്ടുകളയാതെ ഗ്രൂപ്പുകൾ നടത്താൻ സാധിക്കും സ്വാർത്ഥതയുടെ ഇംഗിതത്തിനൊത്തതുപോലെ ഗ്രൂപ്പുകൾ നടത്താൻ സാധിക്കും അങ്ങനെ സ്വന്തം താൽപര്യത്തിന് വേണ്ടിയുള്ളതായ ഗ്രൂപ്പുകളും സമുദായങ്ങളും കൂട്ടായ്മകളും എല്ലാം ഒഴിവിലെത്തുന്നാളിൽ ശോധന ചെയ്യപ്പെടും ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമവും വഹുത്തുപെടട്ടെ യാതൊരു സഭയേയും ഉന്നമിച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ ഒന്നേ ഒന്നേ ഞാൻ പറയുന്നുള്ളൂ യേശു ക്രിസ്തു കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട് അത് ഗോകുൽത്തായിലെ കുരിച്ചിൽ തന്ന മാതൃകയാണ് യേശു മുപ്പത്തിമൂന്നര കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ കാണിച്ചു ഒരു മാതൃകയാണ് ആ മാതൃകയെ പറ്റിയാണ് അപ്പോസന്മാർ ജീവിച്ചത് ആ മാതൃക പിൻപറ്റിയാണ് പിൽക്കാലത്ത് വിശുദ്ധന്മാർ ജീവിച്ച് കാണിച്ചു തന്നത് സ്തോത്രം അതേ പാതയിൽ നിന്ന് പോകാനുള്ള ആത്മീയ പരിജ്ഞാനമാണ് ഈ കൂട്ടായ്മയിൽ കരുണികളകർത്താവ് എന്നൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് സ്ത്രോത്രം അതുകൊണ്ട് നിങ്ങൾ വേറൊരു കൂട്ടായ്മയിൽ പോകണ്ട ഞങ്ങൾ പറയില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ വേറൊരു കൂട്ടായ്മയിൽ പോകുന്നവർ ഇവിടെ വരണ്ട ഞങ്ങൾ പറയുകയില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വിശ്വാസത്തിൽ മാലിന്യം കലരാൻ ഇടവരുത്താതെ നിങ്ങൾ നോക്കിയാൽ നല്ലത് വിശ്വാസം കൂട്ടായ്മയിലല്ല വിശ്വാസം ഏതെങ്കിലും ദൈവവൈദ്യങ്ങളിലല്ല ഏതെങ്കിലും വിശുദ്ധ ദൈവദാസന്മാരിലല്ല ഏതെങ്കിലും പരിശുദ്ധനിലല്ല വിശ്വാസം ഗോകുൽത്തായിൽ പാപിക്കു വേണ്ടി മരിച്ച കർത്താവായ മാത്രം മാത്രം മാത്രം ഹലോയി ദൈവത്തിന് സ്തോത്രം എന്റെ സഹോദരങ്ങളെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് പെറുക്കിയെടുത്ത് നിങ്ങൾക്ക് തരാൻ ഇന്ന് പകൽക്കാലം കരുണയുള്ള കർത്താവ് ഈ സാധു മനുഷ്യനെ ബലപ്പെടുത്തട്ടെ ദൈവത്തിന് സ്തോത്രം നിങ്ങളോട് പറയട്ടെ നിങ്ങൾ വിശ്വാസിൽ ഉറപ്പുള്ളവരാകുകയും നിങ്ങൾ ക്രിസ്തുവിൽ അടിസ്ഥാനമുള്ളവരാകുകയും നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാകുകയും പാപിക്കു വേണ്ടി ക്രൂസിനെ ചിലകന്റെ പിന്തുണ യാത്ര ചെയ്യുന്നവരാകീൻ അവന്റെ കാൽച്ചൂടിൽ നിന്ന് പ്രിയപ്പെട്ട ഭർത്താവായി യേശുവിനെ ഇപ്പോൾ നിങ്ങൾ പാടിയത് പോലെ മധ്യാകാശത്തിങ്കിൽ മണിപ്പന്തലിൽ മണവറയൊരുക്കുന്ന രാജാധിരാജന്റെ ആ വരവിന് ഒരുങ്ങുന്ന വിശുദ്ധജനമായി നിങ്ങൾ മാറുകീൻ ദൈവത്തിന് സ്തോത്രം യോഹന്ന സ്നാവകൻ അന്ന് ആ മരുഭൂമിയിൽ മാനസാന്തര സ്നാനം പ്രസംഗിച്ചു ദൈവത്തിന് സ്തോത്രം ദൈവരാജ്യത്തെ സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പ്രസംഗിച്ചു അന്ന് പലതരത്തിലുള്ളതായ ആളുകൾ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ ഒന്ന് അത് ഇപ്പൊ എരിവുകാരെന്ന് പറയുന്ന ഒരു കൂട്ടനാണ് സീലട്ട്സ് എന്ന് പറയും സീലസ് എരിവുകാര് അവര് വലിയ മതധിഷ്ണതയുള്ള ആളുകളാണ് എരിവുകാരിൽ ഒരുവനായിരുന്നു അന്ന് കർത്താവിന്റെ ശിഷ്യനായി തീർന്ന എരിവുകാരനായി സീമോൻ എന്ന് പറയുന്ന അദ്ദേഹം ആ എരിവുകാരിൽപ്പെട്ട ഒരാള് കർത്താവിന്റെ ശിശുമാരുടെ കൂടെ ചേർന്നു വലിയ മതതീക്ഷ്ണതയാണ് വലിയ മതവൈരാഗ്യമാണ് ഒരു വലിയ വിപ്ലവം നടത്തണമെന്നും മിസ്സിഹ വരുമെന്നും മിസ്സിഹ വരുമ്പോൾ റോമൻ സർക്കാരിനെ അട്ടിമറിക്കാമെന്നും അങ്ങനെ റോമൻ ഗവൺമെന്റിന്റെ ആധിപത്യത്തിൽ നിന്ന് യഹൂദ് മോചനം കിട്ടണമെന്നും കിട്ടുമെന്നും എല്ലാം പ്രതീക്ഷിക്കുന്ന വിപ്ലവകാരികളുടെ സമൂഹമാണ് മതതീക്ഷണതയുള്ള മത തീവ്രവാദികളാണ് എരിവുകാരെന്ന് പറയുന്നത് അവരിൽ നിന്നും ഒരാള് ശാന്തനായി നടന്നു പോകുന്ന ക്രിസ്തുവിന്റെ പിന്നാലെ ശിഷ്യനായി അനുഗമിക്കാനിടയായി എന്റെ ദൈവത്തിന് സ്തോത്രം പിന്നെ രണ്ടാമത്തെ കൂട്ടിലാണ് ഞാൻ പറഞ്ഞ ഹരോദ്യര് ഹേരോദരാജാവ് സിൽബന്തികളായി വെച്ച കുറെ ആളുകൾ എല്ലാവർക്കും ചില സിൽബന്തികൾ വേണം എല്ലാവർക്കും ചില ചില ഒത്തുപറയാനും ഒത്തുനിൽക്കാനുമുള്ള കുറച്ച് ആളുകൾ വേണം അങ്ങനെ സിൽബന്തികളായി വെച്ച ഈ ഹേരോദരാജാവ് തന്റെ കൂടെ കൂടെ നിർത്തിയതായ കുറെ ആളുകൾ അവരാണ് ഹേരോദ്ധ്യർ മൂന്നാമത്തെ കൂട്ടിലാണ് ഞാൻ ആദ്യം പറഞ്ഞ പരീശന്മാര് ഫയരിസീസ് എന്ന് പറയും ഫയറിസീസ് അവര് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഏറ്റവും പണമുള്ളവരാണ് ഏറ്റവും സംഖ്യാബലമുള്ളവരാണ് അവര് യെറുസലേം ദേവാലയത്തിലെ സുപ്രീം സിന്നഡിലെ അംഗസംഖ്യ എണ്ണപ്പെരുപ്പം കൂടുതലുള്ളവരാണ് അവർക്ക് ആകെയുള്ള സ്വത്തും തടന്നറിയാമോ അവരുടെ സ്വത്ത് അഹന്തയാണ് അഹന്ത ഞങ്ങളാണ് ആത്മീയര് ഞങ്ങളല്ലാതെ വേറെ ആത്മീയരില്ല ഞങ്ങളെപ്പോലെ ആത്മീയ തീക്ഷണതയുള്ള ആരുമില്ല ഞങ്ങളാണ് യഹോയായ ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുന്നവര് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിൽ അഹന്തപൂണ്ട് അങ്ങനെ ജീവിച്ചിരുന്നവരാണ് പക്ഷേ ആ കൂട്ടര് അവരഹന്ത കൊണ്ട് തന്നെ ദൈവരാജ്യത്തിന് പുറത്തായിപ്പോയി അവരെയാണ് കർത്താവ് നോക്കിയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ആകഷ്ടമെന്ന് കുരുടനായ പരീശനയെന്ന് കർത്താവ് ഒരു വിളിക്കുകയുണ്ടായി കാരണം മതമുണ്ട് പള്ളിയുണ്ട് ഇറുസ്ലം ദേവാലയമുണ്ട് പുരോഹിതന്മാരുണ്ട് ചട്ടംകെട്ടുകളുണ്ട് ന്യായപ്രമാണമുണ്ട് പ്രാർത്ഥനകളുണ്ട് ഒരു നേരം മുടങ്ങാതെ യാമപ്രാർത്ഥനകളുണ്ട് യാമപ സമയം അത് ചന്തയിലോ തെരുക്കോണിലോ ആണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കുന്നവരാണ് അവരിൽ തന്നെ വേറൊരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് അത് ബ്ലീഡിംഗ് ഫാരിസിന്ന് പറയുന്നവരാണ് ബ്ലീഡിങ് ഫാരിസിസ് അവര് കൂടുതൽ മതധിഷ്ഠതയുള്ളവരാണ് അവര് ആരെയും നോക്കുകയില്ല നേരെയും മുന്നോട്ട് നടന്നു ആരെങ്കിലും മരുന്ന് കണ്ടാൽ ഉടനെ കണ്ണടയ്ക്കും അവര് കടമടത്ത് നടക്കുമ്പോൾ എവിടെയെങ്കിലും മുട്ടി അവരുടെ നെറ്റി പൊട്ടും അങ്ങനെ നെറ്റി പൊട്ടുന്നത് അതൊരു ക്രെഡിറ്റായിട്ടാണ് അവര് കണ്ടിരുന്നത് ഇല്ലേ ചില ആളുകൾ കുമ്പിട്ടുള്ള തഴമ്പ് കൈകളിൽ കാണിക്കുന്നത് ഒരു ക്രെഡിറ്റായിരിക്കുന്ന ആളുകളില്ലേ കുമ്പിടുന്നുള്ള തഴമ്പ് കുമ്പിടുന്നതായ ആ കാലിലെ മുട്ടിലെ തഴമ്പും കൈമുട്ടിലെ തഴമ്പും എല്ലാം കാണിക്കുന്നതിലൊരു മറ്റുള്ളവർ കാണുന്നതിൽ ഒരു വലിയ ആനന്ദം കണ്ടെത്തുന്ന പ്രശംസിക്കുന്ന ആളുകളുണ്ട് ഇതെല്ലാം പരീക്ഷത്വത്തിന്റെ ലക്ഷണങ്ങളാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മോഹത്തുപെടട്ടെ സഹോദരങ്ങളെ ഞാന് അല്പം വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു ചെറിയ സംഭവം എന്റെ മനസ്സിലേക്ക് വരുന്നു ദൈവത്തിന് സ്തോത്രം നമ്മുടെ സഭയിലെ പുത്തൻകുരിശുപള്ളിയുടെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട മുതാൽ പത്രോസച്ഛൻ പ്രായമുള്ള അച്ഛനാണ് അച്ഛൻ ആദ്യകാലം മുതലേ നമ്മുടെ കൂട്ടായ്മയോട് ഒട്ടി നിന്നയാളാണ് അച്ഛന്റെ അടുക്കൽ ഒരിക്കൽ ഒരു സഭയിലെ ഒരു തിരുമേനി പറയുകയുണ്ടായി കണ്ടോ ഞാൻ എല്ലാവരെയും പോലെയും സ്വർണമാലി ഒന്നല്ല ഇട്ടിരിക്കുന്നത് ഞാന് വെറും ചരടിൽക്കുറിൽ കൊളുത്തുള്ള ഒരു കുരിശാണ് ഇട്ടിരിക്കുന്നത് എന്ന് തിരുമേനി ഇങ്ങനെ പറഞ്ഞു ഞാൻ മളുടെ വിനയപൂർവ്വമാണ് എനിക്കങ്ങനെ സ്വർണമാലിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു തിരുമേനി ക്ഷമിക്കണം അതും ഒരു പരീക്ഷത്തുമല്ലേ ആ പറഞ്ഞത് എന്ന് ചോദിക്കുകയുണ്ടായി ഞങ്ങളിടയ്ക്ക് നിൽക്കുമ്പോഴാണ് അത് ചോദിച്ചത് ഞങ്ങൾ ഉള്ളിൽ ഊറിച്ചിരിച്ചു കാരണം ഞങ്ങൾ പുറത്തൊന്നും വെണ്ടിയില്ല കാരണം ഞങ്ങൾ പാവപ്പെട്ട അഹിമേനികൾ ഞങ്ങൾക്ക് വല്ലതും പറയാൻ പറ്റുമോ ബഹുമാനപ്പെട്ട അച്ഛൻ തിരുമേനയോട് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് അങ്ങനെ തിരുമേനയുടെ മുഖത്ത് നോക്കി പറഞ്ഞു തിരുമേനി അതും ഒരു പരീക്ഷത്വമല്ലേ പ്രിയപ്പെട്ടവരെ അപ്പോൾ സ്വന്തം ജീവിതത്തിലെ ലാളിത്യം പോലും ഒരു അഹന്തയായി എടുക്കുന്ന ആളുകളുണ്ട് സ്വന്തം ജീവിതത്തിലെ ലളിത ജീവിതം പോലും അഹന്തയായി കാണുന്ന ആളുകളുണ്ട് ഓ ഞാൻ വലിയ വലിയ പത്രാസം എന്നുള്ള ആളല്ല ഞാൻ വലിയ വേഷപ്പകിട്ടുന്നുള്ള ആളല്ല എന്ന് പറയുന്നതിലും എന്ന് ഭാവിക്കുന്നതിലും അഭിമാനം കൊള്ളുന്ന ആളുകളുണ്ട് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ അഭിമാനം കൊള്ളാനൊന്നുമില്ല ലാളിതത്തിലഭിമാനം കൊള്ളാനില്ല നമ്മുടെ പണസമൃദ്ധിയെ അഭിമാനം കൊള്ളാനില്ല അഭിമാനം കൊള്ളാൻ ഒന്നേ ഉള്ളൂ അതപ്പോ പറയും എന്താണ് നിങ്ങൾക്കറിയാമോ അതറിയാവുന്നൊരു കൈവയ്ക്കുകയോ പ്രശംസിക്കാൻ ഒന്നേ ഉള്ളൂ എന്ന് അപ്പോസ്റ്റനായ പോലീസ് പറയും വളരെ നല്ലത് നിങ്ങൾ അനേകം പഠിച്ചു വെച്ചിരിക്കുന്നു എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് സ്തോത്രം അതേ പ്രശംസിക്കാനുള്ളൂ അപ്പോൾ സ്ഥലം പറയും ഞാൻ എന്റെ ബലഹീനതകളെ പ്രശംസിക്കും ഞാനൊരു രോഗിയാണ് എന്റെ രോഗത്ത് ഞാൻ പ്രശംസിക്കും ഞാൻ എന്റെ ബലഹീനനാണ് എന്റെ ബലഹീനതയെ ഞാൻ പ്രശംസിക്കും കാരണം ക്രിസ്തുവിന് സഖ്യപ്പോൾ എന്നിൽ നിറഞ്ഞു വരും ക്രിസ്തുവിന് ഞാൻ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും പ്രിയപ്പെട്ടവരെ മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു ഞാന് ഇങ്ങോട്ട് പോരുന്നതിനു മുമ്പ് തിരുവചന്ദനം വായിച്ചപ്പോഴാണ് വായിച്ചപ്പോൾ അന്ന് ഞാന് ആ കോരിന്റെ രണ്ടു കോരിന്റെ ലേഖനം പന്ത്രണ്ടാം അധ്യായം വായിക്കുകയായിരുന്നു പെട്ടെന്ന് മനസ്സിൽ ആ ഭാഗം ഉടക്കി നിന്നു ഞാൻ ഒരു ബലി രോഗിയാണ് എന്റെ ശരീരത്തിൽ ശൂലമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചല്ലോ ശരീരത്തിൽ ശൂലമുണ്ട് എന്നാൽ ഇപ്പോൾ ഞാൻ എന്റെ രോഗത്തിൽ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുകയാണ് ഞാൻ സങ്കടപ്പെടുകയല്ല എന്ന് ഞാൻ അത് അഭിമാനം കൊള്ളുന്നു കാരണം ഞാൻ ബലഹീനായിരിക്കുന്നതുകൊണ്ട് തന്നെ എന്റെ കരുണയുള്ള കർത്താവ് ശക്തി എന്റെ മേലിറങ്ങുന്നുവെന്ന് അപ്പോ സ്ഥലം പറയുകയാണ് നിങ്ങൾ രോഗമുള്ളവരുണ്ടോ നിങ്ങൾ ഭാരപ്പെടുന്നവരുണ്ടോ കടമുള്ളവരുണ്ടോ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ കുറവുള്ളവരുണ്ടോ പോരായ്മയുള്ളവരുണ്ടോ ഏതെങ്കിലും കാര്യത്തിൽ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇൻഫീരിയോറിറ്റി ഫീലിംഗ് എന്ന് അങ്ങനെയുള്ള അപകർഷതാ ചിന്തയുള്ള ആരെങ്കിലും ഉണ്ടോ എനിക്ക് സൗന്ദര്യമില്ല എനിക്ക് ആരോഗ്യമില്ല എനിക്ക് പണമില്ല എനിക്ക് പ്രാപ്തിയില്ല എനിക്ക് കഴിവില്ല ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ മനസ്സ് നൊന്ത് കഴിയുന്നവരുണ്ടോ എന്റെ ദൈവമേ എന്റെ ജീവിതത്തിൽ എനിക്കൊരു നല്ല തൊഴിലില്ല നല്ല ഭർത്താവില്ല നല്ലൊരു ഭാര്യ നല്ല മക്കളല്ല മക്കൾ താതോണികളായി ജീവിക്കുന്നു എനിക്ക് പലതരം കുറവുണ്ടല്ലോ അങ്ങനെ വിഷമിക്കുന്നവരുണ്ടോ ഇനി നിങ്ങൾ അതിൽ പ്രശംസിക്കാൻ തുടങ്ങുകയും അതിൽ നിങ്ങൾ സന്തോഷിക്കാൻ തുടങ്ങുകയും കർത്താവേ എനിക്കിങ്ങനത്തെ ഒരു മോനെ തന്നതിനായ സ്തോത്രം കർത്താവേ എനിക്ക് ഇങ്ങനെ ഒരു ശരീരത്തിൽ രോഗമുള്ള ഒരു സ്ഥിതി തന്നതിനായ സ്തോത്രം എന്തുകൊണ്ട് അപ്പോഴാണ് ക്രിസ്തുവിന് ശക്തി തമ്മിൽ നിറയുന്നത് ഇതെങ്ങനെ മനസ്സിലാകും പ്രിയപ്പെട്ടവരെ രോഗം വരുമ്പോൾ ക്രിസ്തു ശക്തി നിറയുമെന്ന് പറയുന്നത് ആർക്കാണ് ഒരു വിശ്വാസിയുടെ അനുഭവമാണ് നിങ്ങളത് അനുഭവിക്കണമെന്ന് പറയും ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല കുര്യന്മാരും ഏറെയില്ല ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഫോഷത്വമായി തെരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു സ്തോത്രം ദൈവത്തിന് സ്തോത്രം ജ്ഞാനികളെ ലജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഫോഷത്വമായി തെരഞ്ഞെടുത്തു സ്തോത്രം ബലവാന്മാരിൽ ലജീപിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു സ്തോത്രം സഹോദരന്മാരെയും നിങ്ങൾ വെളിയേ നോക്കുകയും വിളിയെ നിങ്ങൾ നോക്കൂ നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങളുടെ യോഗ്യത കണ്ടല്ല നിങ്ങളുടെ അയോഗ്യത കണ്ടാണ് തെരഞ്ഞെടുത്തത് എന്റെ കർത്താവിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം വഹുത്തപ്പെടട്ടെ എന്റെ സഹോദരങ്ങളെ ഈ പകൽക്കാലം ഞാൻ വളരെ വിനയപൂർവ്വം പറയട്ടെ ആ യഹൂദ്യ മരുഭൂമിയിൽ മുഴങ്ങിയ കരുണയുള്ള കർത്താവിന്റെ സ്വരം യോഹനസ്നാവുക നാവിൽ കൂടി അന്ന് വന്ന് യേശുവിന്റെ വരവിന് വേണ്ടി മുന്നോടിയായി വഴിയൊരുക്കുവാൻ വന്ന് സ്നാവകയോഹന നാവിൽ കൂടി അങ്ങ് ഒഴുകി വന്നതായ ജീവനുള്ള ദൈവത്തിന്റെ സ്വരം ദൈവത്തിന്റെ സന്ദേശം അത് അത് അന്നത്തെ പരീശന്മാർക്ക് വഹിക്കാവുന്നതായിരുന്നില്ല പക്ഷേ പരീശന്മാരിൽ ചിലരും ശാസ്ത്രികളിൽ ചിലരും സ്നാവകിന്റെ അടുക്കൾ വന്നു സ്നാനമേൽപ്പാൻ വന്നു ദൈവത്തിന്റെ സ്തോത്രം അത് ഞാൻ പിന്നാലെ പറയാം ഇപ്പൊ ശാസ്ത്രികൾ ശാസ്ത്രികൾ പറയുന്നത് നാലാമത്തെ വിഭാഗമാണ് ശാസ്ത്രികൾ അവരവിടുത്തെ അന്നത്തെ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നവരാണ് അവർക്ക് വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ അറിയാം അവർക്ക് ബൈബിളിൽ നല്ല പാരംഗതയുണ്ട് നല്ല പരിജ്ഞാനമുണ്ട് നല്ല പഠിത്തമുണ്ട് ഈ ബൈബിൾ പരിജ്ഞാനം കൊണ്ട് അവര് ബൈബിൾ വ്യാഖ്യാനിക്കും അവര് ബൈബിളിലെ ഓരോ ഭാഷയിലുമുള്ളതായ അതിന്റെ മൂലം ചകഞ്ഞെടുത്ത് അതിന്റെ എച്ച്മോളജി അതിന്റെ മൂലം ചകഞ്ഞെടുത്ത് അതെല്ലാം പഠിക്കുകയും അതെല്ലാം ജനത്തെ പഠിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ജനത്തിന് അറിവുകൾ കൊടുക്കുന്ന പാഠങ്ങൾ കൊടുക്കുന്ന ഒരു പുതിയ പഠന സമ്പ്രദായം അവര് ചെയ്തു അവരെ തുടങ്ങിവെച്ചു വേദഗ്രന്ഥങ്ങൾ ന്യായപ്രമാണിതെല്ലാം വായിക്കുക മാത്രമല്ല വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ആ കൂട്ടര് അവരും ചിലര് സന്നരി സംഘത്തിലെ പദവി പ്രാപിക്കുകയുണ്ടായി പക്ഷേ ഇതെല്ലാം പുറമെയാണ് പക്ഷെ അവര് പാവപ്പെട്ടവരുടെ സമ്പത്ത് അപഹരിക്കുക വിവിധരുടെ വീടുകൾ കൊള്ളയിടുക ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ ഉപദ്രവിക്കുക ഇതെല്ലാം ചെയ്യുന്ന കൂട്ടരായിരുന്നു അതെല്ലാം അത് അതിനുള്ള ന്യായങ്ങൾ വേണമെങ്കിൽ അവർ ബൈബിളിൽ നിന്ന് അവിടെ നിന്നിവിടുന്നും അവരുടേതായ വാദഗതികൾ കൊണ്ട് അതിനെ ന്യായങ്ങൾ കാണിച്ചുകൊണ്ട് അവരെ ഉദ്ധരിക്കുകയും ചെയ്യും മോശയുടെ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ ഭാഗം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ചില വാക്യങ്ങൾ പൊക്കിക്കാണിക്കുകയും ചെയ്യും അതായിരുന്നു പരീശന്മാർ ഈ പരീശന്മാരും അതുപോലെ ശാസ്ത്രീകളും അവര് ഈ ശാസ്ത്രികളും പരീശന്മാരും അവര് യോഹനസ്നാപനെടുക്കൽ അവര് വന്നു ഞങ്ങൾ മാനസാന്തരപ്പെട്ടു ഞങ്ങൾക്ക് സ്നാനം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നിന്നു ദൈവത്തിന് സ്തോത്രം യോഹനസ്നാപകൻ അത് കേവല പ്രവാചകൻ മാത്രമായിരുന്നില്ല ദൈവത്തിന്റെ ആത്മാവധിവസിക്കും ദൈവപുരുഷനാണെന്ന് അവരറിഞ്ഞില്ല അവർ കേവലം നിരീക്ഷകരായിട്ടാണ് വന്നത് അവര് യോഹനാസ്നാവുവിനെ പരീക്ഷിക്കാനായിട്ടാണ് വന്നത് അവർ വന്ന് യോഹനസ് നാവുനോട് ഇങ്ങനെ ഞങ്ങളും ഞങ്ങളും മാനസാന്തരപ്പെട്ടു ഞങ്ങൾക്കും സ്നാനം നിൽക്കണം എന്ന് പറഞ്ഞു വന്നപ്പോൾ യോഹനസ് നാവൻ പറഞ്ഞു സർപ്പത്തിന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങൾ സർപ്പത്തിന്റെ കുഞ്ഞുങ്ങളാണ് ഉള്ളിൽ വിഷം വെച്ചോണ്ട വന്നിരിക്കുന്നത് നിങ്ങൾ പാമ്പിന്റെ സന്തതികളാണ് സർപ്പത്തിന്റെ മക്കളെയെന്ന് ദൈവത്തിന്റെ സ്തോത്രം പാമ്പുകളുടെ മക്കളെ എന്ന് ദൈവങ്ങളിൽ അങ്ങനെയും യോഹനസ്നാവുകൻ അവരെ വിളിക്കുന്നതായി നമുക്ക് വായിക്കാം ഏഴാമാക്കി വായിക്കാം അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ യോഗ്യമായ ഫലം കായ്പീൻ യോഗ്യമായ ഫലം നിങ്ങൾ മാനസാന്ദ്രപ്പെടുന്ന പറഞ്ഞു വന്നാലൊന്നും ഒടയമ്പെ സമ്മതിക്കില്ല നിങ്ങൾ സർപ്പസന്തതികളാണ് നിങ്ങൾ പാമ്പിൻ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ വിഷമകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് പുറമേ കാണാൻ വിഷമില്ല പക്ഷേ നിങ്ങളുടെ അകത്ത് വിഷമുണ്ട് നിങ്ങൾ കൂട്ടായ്മയിൽ വരുന്നത് സംഘടനയിൽ വരുന്നത് ആത്മീയ കാര്യങ്ങൾ വരുന്നത് ഉള്ളിൽ നല്ല ഉദ്ദേശത്തോടെയല്ല നിങ്ങൾ നിരീക്ഷകരായിട്ടാണ് വരുന്നത് നിങ്ങൾ കാഴ്ചക്കാരായിട്ടാണ് വരുന്നത് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ വകയുണ്ടോ എന്ന് നോക്കാനാ നിങ്ങൾ വരുന്നത് സർപ്പസന്ധതികളെ നിങ്ങളുടെ മേൽ ഒരുപോലെയൊരു കോപം വരാൻ പോകുന്നു വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോയാൽ നല്ലത് അതിവേഗം ദൈവത്തിന്റെ കോപ നിങ്ങളുടെ മേലെ വരുന്നതിന് മുൻപ് നിങ്ങൾ രക്ഷപ്പെട്ടാൽ നല്ലതാണ് ദൈവത്തിന് സ്തോത്രം നിങ്ങളൊരു കാര്യം ചെയ്യണം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ മാനസാന്തരപ്പെട്ടെങ്കിൽ ഫലത്തിൽ കൂടെ കാണിച്ചു തരൂ ദൈവത്തിന് സ്തോത്രം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ സഹോദരങ്ങളെ അത് എല്ലാവരോടുമുള്ള ഒരു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം ഞാൻ മാനസാധ്യപ്പെടുമെന്ന് പറയാൻ എളുപ്പമാണ് സാക്ഷ്യം പറയാൻ എളുപ്പമാണ് പ്രസനയിക്കാൻ എളുപ്പമാണ് വീട് കയറി ആളുകൾ വിളിക്കാൻ എളുപ്പമാണ് ദൈവവേലയ്ക്ക് വേണ്ടി രൂപ കൊടുക്കാൻ എളുപ്പമാണ് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആത്മീയ കാര്യങ്ങൾക്ക് ഒത്താശമാണ് ദൈവത്തിന്റെ മക്കളിലെ പല കാര്യങ്ങളിലും ചെയ്തു കൊടുക്കുന്നത് അതൊക്കെ എളുപ്പമാണ് ദൈവത്തിന്റെ സ്ത്രോത്രം എല്ലാം എല്ലാം നല്ലതുമാണ് ശരിയാണ് സ്വാധീന സേവനത്തിന് പൈസ കൊടുക്കുന്നതും നല്ലതാണ് അതും എളുപ്പമാണ് പക്ഷേ വിശുദ്ധീയ ജീവിക്കുക വളരെ വളരെ പ്രയാസമാണ് ഒരു നുണ പറയാതെ ജീവിക്കുക അത് പ്രയാസമാണ് ജീവിതത്തെ തെറ്റുകളെ കണ്ട് ഏംഗിലിട്ട് കരയാൻ സാധിക്കുക അത് പ്രയാസമാണ് സ്വന്തം ജീവിതത്തിൽ രഹസ്യങ്ങൾ കാണാൻ ദൈവം നോക്കുമ്പോൾ തെറ്റുണ്ടോ എന്ന് നോക്കുമ്പോൾ തെറ്റു കാണാൻ ഇടവരാതെ ജീവിക്കുക അത് വളരെ പ്രയാസമാണ് രഹസ്യമായി വേണമെങ്കിൽ സിനിമ കാണും രഹസ്യമായി വേണമെങ്കിൽ മറ്റ് കൂട്ടായ്മക്കാരും വേണമെങ്കിൽ ടി സീരിയൽ കണ്ടുകൊണ്ടിരിക്കും അല്ല ഒരുപടി കൂടി കടന്ന് ക്ഷമിക്കണം രഹസ്യമായി വേണമെങ്കിൽ ബ്ലൂ ഫിലിം കാണും ബ്ലൂഫിലും എന്താണ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ കേട്ടിട്ടുണ്ട് ഈ പരിപാടി അത് ഏതായാലും ചീത്ത പടമാണെന്ന് എനിക്ക് മനസ്സിലായി കൂടുതൽ മനസ്സിലായില്ല പിന്നെ എങ്ങനെയാ മക്കളിത് എന്താ ഈ ബ്ലൂഫില്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല പിന്നെ ഇന്റർനെറ്റിൽ കടന്ന് ആരും അറിയാതെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന് ഇന്റർനെറ്റിൽ എൻട്രി ചെയ്തിട്ട് അതിനകത്ത് കടന്നിട്ട് വേണമെങ്കിൽ ചീത്ത സൈറ്റിൽ കയറി വേണ്ട വേണ്ടാത്ത പടങ്ങൾ കാണാം ഞാൻ കണ്ടിട്ടില്ല എന്താണെന്ന് അറിയാൻ പള്ളില്ല ചീത്ത പടങ്ങൾ ആണെന്നറിയാം അങ്ങനെ പോകുന്ന ചെറുപ്പക്കാര് ഒരു വന്ന് എന്റെ അടുക്കൽ തുറന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം മക്കളെ അത് എങ്ങനെയാണ് ഏത് സൈറ്റിൽ കൂടിയാണ് കയറുന്നത് എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല കാരണം ഞാൻ ചോദിച്ചാൽ എന്റെ കർത്താവെ എനിക്ക് ആത്മാവ് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് അറിയാതെ എങ്ങാൻ ഒന്ന് തൊട്ടുപോകാൻ ഇട വന്നു പോയാലോ വേണ്ട അത് പഠിക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചു എന്റെ കർത്താഹുവിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഖത്ത് പെടട്ടെ ചിലർ ഇവിടെ ഇരുന്ന് ചൂളുന്നുണ്ടെന്ന് എനിക്കറിയാം ചിലരുടെ ഉള്ളിൽ പൊള്ളുന്നുണ്ടെന്ന് എനിക്കറിയാം ദൈവത്തിന്റെ സ്തോത്രം മക്കളെ നല്ലതല്ല ചീത്ത പടങ്ങൾ കണ്ട് രസിക്കുന്നത് നല്ലതല്ല മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ശീലങ്ങളോ പൊഴുതായ്മകളോ ഉണ്ടെങ്കിൽ അത് ഇന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊള്ളുക ഇല്ല കർത്താവേ ഇല്ല വന്നത് വന്നു ക്ഷമിക്കണം മാപ്പുതരണം തിരുത്തൽ കഴുകിത്തരണം കർത്താവെ ഇനിയില്ല ഇനിയും മണ്ടത്തരത്തിനില്ല ഇനി എന്റെ ബുദ്ധി വികലമാക്കാൻ ഞാനില്ല ഇനി എന്റെ ആയുസ് നഷ്ടപ്പെടുത്താൻ ഞാനില്ല എന്റെ ഭാവി കളഞ്ഞു വിളിക്കാൻ ഞാനില്ല ഇല്ല കർത്താവെ ഇല്ല എന്റെ ബുദ്ധിയുടെ കൂർമത എന്റെ ബുദ്ധിയുടെ ഷാർപ്നസ് നശിപ്പിക്കാൻ ഞാനില്ല എന്റെ ജീവിതം താറുമാറാക്കാൻ ഞാനില്ല ഇല്ല വേണ്ട എനിക്ക് ദുശീലങ്ങളൊന്നും ദൈവത്തിന് സ്ത്രോത്രം മക്കളെ നിങ്ങൾ അങ്ങ് തുടങ്ങിയാൽ നല്ലതാണ് അങ്ങനെ നിങ്ങൾ തീരുമാനമെടുത്താൽ നല്ലതാണ് മാനസാന്ദ്രത്തിന് യോഗ്യമായ ഫലം കയ്പീൻ എന്ന് പറഞ്ഞു പരീഷന്മാർക്കും സർപ്പസന്ധതികളായ ശാസ്ത്രിമാർക്കും അത് രസിക്കുന്ന വാക്കുകളായിരുന്നില്ല അങ്ങനെയാണല്ലോ യോഹന്ന സ്നാവകൻ ഞാൻ ഈ പറയുന്ന ആളുകൾക്ക് രസിക്കുമോ എന്ന് നോക്കിയിട്ടല്ല പറഞ്ഞത് ആളുകൾക്ക് അത് പ്രിയങ്കരമാകുമോ എന്ന് നോക്കിയിട്ടല്ല പറഞ്ഞത് ആർക്ക് പ്രിയപ്പെട്ടാലും ശരി ഇല്ലാഞ്ഞാലും ശരി ദൈവത്തിന്റെ സ്ത്രോത്രം ഈ നാവിൽ അരച്ചു തന്നത് ഞാൻ പറയൂ എന്നുള്ളതായിരുന്നു യോഹനാഥസ് ലക്ഷ്യം യഹസ്കേൽ പ്രവാചകന് ദൈവം അല്ലപ്പാട് കൊടുത്തു യഹസ്കേലിനോട് പറഞ്ഞു കൂടെ കൂടെ പറയും മനുഷ്യപൂത്ര നീ ചെന്ന് എന്റെ ജനമായി സ്രായിലൂടെ പ്രവചിക്കേണ്ടത് സ്തോത്രം അവർ മത്സരഗ്രഹമല്ലോ ദൈവം വിവരം പറയുക അവര് നീ പറഞ്ഞാലും മത്സരിക്കുന്ന കൂട്ടരാണ് പക്ഷേ നീ പറയണം അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ ഇതവരോട് പറയണം ഹലോ ലോയ്യാ സ്തോത്രം കേട്ടാലും പറയണം കേട്ടില്ലെങ്കിലും പറയണം അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും എന്നിട്ട് ഹൈഫണ്ടിട്ട് പിന്നെ എഴുതുകയാണ് അവർ മത്സരഗ്രഹമല്ലോ ചിലർ കേൾക്കാതെ വരും പക്ഷെ നീ പേടിക്കണ്ട നീ പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഹത്തുപെടട്ടെ അങ്ങനെ വ്യക്തമായും ദൃഢമായും ശക്തമായും കരുത്തായും അങ്ങനെ പറയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഹത്തുപെടട്ടെ പൊതിഞ്ഞു പറയാതെ ദൈവത്തിന് സ്തോത്രം മുറിച്ച് കീറുന്ന ആത്മാവിന്റെ ശബ്ദം നൽകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് സ്ത്രോത്രം പൊതിഞ്ഞുവെക്കാതെ ദൈവത്തിന്റെ സ്തോത്രം ചില സാക്ഷ്യം പറയും എനിക്കിനി എനിക്കിനി നല്ല വിശുദ്ധനായി ജീവിക്കണമെന്നേ ഉള്ളൂ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കണമെന്നേ ഉള്ളൂ എനിക്ക് എന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളെല്ലാം കാണിച്ചു തന്ന കർത്താവിനായി ജീവിക്കണമെന്നേ എനിക്കുള്ളൂ എനിക്ക് വേറെ ലക്ഷ്യമില്ല എനിക്ക് വേറെ ഉദ്ദേശമില്ല നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആത്മാവി ആവരിക്കില്ല ദൈവത്തിന് സ്തോത്രം എന്നാൽ നിങ്ങളുടെ ആത്മാവ് വ്യാപരിക്കണമെങ്കിൽ ഇന്ന സമയത്ത് എനിക്ക് ഇന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നെ വിളിച്ച് എന്നോട് ഇങ്ങനെ ഇടപെട്ടു എന്റെ ജീവിതത്തിലെ ഇന്നതിൽ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു തന്നു അയ്യോ ഞാൻ സംഭ്രമിച്ചു പോയി എന്റെ ജീവിതത്തിൽ തെറ്റുണ്ട് എന്ന് ഞാൻ തന്നെ അറിയാതിരുന്ന ചില വശങ്ങൾ ദൈവാത്മാവ് എനിക്ക് കാണിച്ചു അപ്പോൾ ഞാൻ സംഭ്രമിച്ചുപോയി ഞാൻ വ്യക്തമായി തീരുമാനിച്ചു ഞാൻ ആ തെറ്റിന് മേലെ ജീവിതത്തിൽ വരികയില്ലായും തീരുമാനിച്ചു ദൈവത്തിന് സ്തോത്രം ആ തെറ്റിൽ വീഴാതെ ഇത്രയും കാലം കർത്താവ് എന്നെ കാത്തു ദൈവത്തിന് സ്തോത്രം അവിടെ ആത്മാവ്യാപരിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലായോ സാക്ഷ്യം പറയേണ്ടത് അങ്ങനെയാണ് അല്ലാതെ ഞാൻ എനിക്ക് ഇനി പാവം കൂടെ ആ ജീവിക്കണമെന്ന് എനിക്കുള്ളൂ എനിക്കൊരു പൂർണ്ണ പരിശുദ്ധനായി ജീവിക്കണമെന്ന് എനിക്കുള്ളൂ കർത്താവിന്റെ പേരെ ഇത് കർത്താവിന്റെ സത്യസാക്ഷിയായി നിൽക്കണമെന്ന് എനിക്കുള്ളൂ വിശ്വസ്ത സാക്ഷിയായി ഞാൻ നിൽക്കും ഞാൻ വിശ്വസാക്ഷിയായി നിൽക്കും ഇതൊന്നും ദൈവം എനിക്ക് കേൾക്കേണ്ട തെളിയിച്ചാൽ മതി എന്റെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം വഹുത്തപ്പെട്ടെ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായോ ഇന്നലെ ഇവിടെ ഞാൻ അവിടെ അകത്തിരുന്നു ഇവിടെ സാക്ഷ്യങ്ങൾ ചെറുത് കേട്ടപ്പോൾ ഞാൻ എന്റെ അടുത്തിരുന്ന ആരോടോ പറഞ്ഞു ഇപ്പോൾ അങ്ങനെ പറയാതെ ഇങ്ങനെയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ിൽ <laughs> ആത്മാവിറങ്ങിയേനെയെന്ന് ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയനാമം വഹുത്തുപെടട്ടെ സഹോദരങ്ങളെ നിങ്ങൾ സാക്ഷ്യം പറയുന്ന രീതി ഇനി മാറണം പണ്ടത്തെ പണ്ടത്തെ കാലത്ത് പത്തോ മുപ്പതോ കൊല്ലം മുമ്പ് നിങ്ങൾ രക്ഷിക്കപ്പെട്ട കാര്യമല്ല ഇപ്പോൾ പറയേണ്ടത് ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ നടത്തുന്ന വിധങ്ങളാണ് പറയേണ്ടത് സത്യമായ ഒരു ദൈവം നമ്മുടെ ഇടയിലുണ്ട് എന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കിട്ടിയ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് അതാണ് പറയേണ്ടത് എനിക്ക് കുറ്റബോധം കിട്ടി അതാണ് ആത്യീകമായി പറയേണ്ടത് എനിക്ക് പാപബോധം കിട്ടി എന്റെ പാപം കർത്താവ് കാണിച്ചു തന്നു മാനസാന്ത്രിയോഗ്യമായ ഫലം ഞാൻ കായ്ക്കുന്നില്ല എന്ന് ആത്മാവ് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു ഫലം കായിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ദൈവരായത്തിലെത്താൻ ഒക്കുകയുള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു എനിക്ക് കുറ്റബോധം കിട്ടി എനിക്ക് പാവബോധം കിട്ടി പരിശുദ്ധാത്മാവാണ് ഈ പാവബോധം തന്നത് ദൈവത്തിന്റെ സ്തോത്രം എനിക്ക് അതോടുകൂടി എന്റെ രഹസ്യങ്ങളാണെന്നൊരു ദൈവമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ ജീവിതം ദൈവത്തിന് കൊടുക്കണമെന്ന് തീരുമാനിച്ചു പണ്ഡി സമർപ്പണം എടുത്തതാണ് മാനസന്ധരപ്പെട്ടതാണ് പക്ഷേ എന്റെ ഭർത്താവെ ലാസറിന് ജീവൻ കിട്ടിയെങ്കിലും കെട്ടു പിന്നെയും ഉണ്ടായിരുന്നത് പോലെ എന്നിൽ ബന്ധനം പിന്നെയും ഉണ്ടായിരുന്നു െനിക്ക് മനസ്സിലായപ്പോൾ ബന്ധങ്ങളിൽ അഴിയണമെന്നുള്ളതായി ബോധം എനിക്ക് വന്നു ഞാൻ പ്രാർത്ഥിച്ചു എന്റെ കർത്താവ് ഇനിയില്ല എന്ന് തീരുമാനിച്ചു കർത്താവ് ആ ബന്ധം എനിക്ക് അഴിച്ചു തന്നു ഓക്കെ ദൈവദിന സ്ത്രോത്രം അതാണ് ഇപ്പോൾ പിടിച്ച മീനെ ചിലത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇപ്പോൾ പിടിച്ച മീനുകൾ നിങ്ങൾ പറയും പണ്ടത്തെ കാലത്ത് എന്താണ് പണ്ട് ഞാൻ ഭാര്യയെ തല്ലിയിരുന്നു പണ്ട് ഞാൻ ഭയങ്കരമായിട്ട് മദ്യപാനം ചെയ്തിരുന്നു പണ്ട് ഞാൻ വീട്ടിൽ മുഴുവൻ കലക്കുണ്ടാക്കിയിരുന്നു പണ്ട് ഞാൻ ബ്ലൂഫിനിങ് കണ്ടിരുന്നു സൊക്കെ പറഞ്ഞോ അതൊക്കെ പറഞ്ഞോളൂ വേണ്ടന്നല്ല പക്ഷേ അതല്ല ഇന്നത്തെ സാക്ഷ്യം സാക്ഷ്യത്തിന്റെ വഴി മാറിപ്പോയി അതെല്ലാം ആരംഭങ്ങളാണ് അവിടെ മാറിയിട്ട് ഇന്ന് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ തീ പരിശുദ്ധ ഇടപെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പോയ തെറ്റുകൾ ദൈവത്തിന്റെ ആത്മാവ് ചൂണ്ടിക്കാണിച്ച് തന്നത് ലജ്ജ കൂടാതെ വിളിച്ചു ജനത്തെ കുറ്റബോധമുള്ളവരാക്കി തീർക്കണം ദൈവത്തിന്റെ സ്തോത്രം അവിടെ ദൈവാത്മാവിറങ്ങും അവിടെ ദൈവം സന്തോഷിക്കും എന്റെ ദൈവത്തിന്റെ സ്തോത്രം അഞ്ചാമത്തെ വിഭാഗം സദൂക്യെന്ന് പറയുന്ന വിഭാഗം സദൂക്യര് അതും യഹൂദന്മാര് തന്നെ യഹൂദന്മാര് തന്നെ പക്ഷെ ആ യഹൂദന്മാരിൽ അവർക്ക് യഹൂദ മതത്തിന്റെ ചിന്താഗതിയിൽ നിന്ന് വിരുദ്ധമായ ചില അവര് പിന്നെ പുനരുദ്ധാനമില്ല എന്ന് പറയുന്നു പുനരുദ്ധാനമില്ല മരിക്കുന്നതോടിയെല്ലാം തീരും എന്നാണ് അവർ പറയുന്നത് സദൂക്യര് അവർക്ക് ദൈവത്തിന്റെ മാലാഖമാര് എന്നുള്ളത് അവർക്കൊരു ചിന്താവിഷയമല്ല ദൈവത്തിന്റെ ദൂതന്മാർ മനുഷ്യരൊക്കെ കാവൽ ചെയ്യുന്നു സേവകാത്മാക്കളാണ് അതവർക്ക് ചിന്താവിഷയമല്ല മാത്രമല്ല അവര് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ യഹൂദന്മാരുടെ ഇടയിൽ വളരെ ശക്തരായ പരീഷന്മാരുടെ എതിരാളികളായിരുന്നു പരീശന്മാരുടെ എതിർപ്പുകാരായി പരീശന്മാരുടെ ആശയത്തിന് നേരെ എതിരായി നിൽക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഈ സദൂക്കയെന്ന് പറയുന്നത് പക്ഷേ ഈ എതിരായി നിൽക്കുന്ന സദൂക്കയരും പരീശന്മാരും ഒരു കാര്യത്തിൽ ഒന്നിച്ചു യേശുക്രി ക്രൂശിക്കാൻ ഒന്നിച്ചു പരസ്പരം ഭിന്നിച്ചു നിൽക്കുകയാണ് ഒരു സഭയിൽ തന്നെ പരസ്പരം ഭിന്നിച്ചു നിൽക്കുകയാണ് പക്ഷെ അവരൊരു കാര്യത്തിൽ യോജിച്ചു എന്തില് യേശുവിനെ ക്രൂശിക്കുന്ന കാര്യത്തിൽ അവർക്ക് രണ്ടു കൂട്ടർക്ക് അഭിപ്രായ ഉണ്ടായിരുന്നില്ല രണ്ടു കൂട്ടർ യോജിച്ചാണ് യേശുവിനെ ക്രൂശിച്ചത് ആറാമത്തെ വിഭാഗമാണ് യസേന്യർ എന്ന് പറയുന്ന വിഭാഗം അതാണ് നമുക്കത്പം പ്രസക്തമായത് കാരണം യോഹന്നാൻ സ്നാവകൻ പരിശുഷ ചെയ്യുന്നതുവരെ യെസ്സേന്യ വിഭാഗത്തിലായിരുന്നു അവർ യഹുദന്മാരുടെ ഈ ദയറാവാസികളായിരുന്നു യഹുദരുടയിലെ സന്യാസമൂഹമായിരുന്നു സന്യാസ് സമൂഹം ആരോടും മിണ്ടില്ല എവിടെയെങ്കിലും ഒതുങ്ങിക്കഴിയും ഏതെങ്കിലും ഏതെങ്കിലും നിർജ്ജന പ്രദേശത്ത് പോയി താമസിക്കും അവിടെ വനവാസം ചെയ്യും അവിടെ ഒരു പ്രാർത്ഥനയും തപസം തന്നെ ഈ തപോനിരതരായിട്ട് താപസവൃത്തിയിൽ എപ്പോഴും ജീവിതം ചെലവഴിച്ചു കൊണ്ടിരുന്ന ഒരു പ്രത്യേക സെക്ട് ഒരു പ്രത്യേക വിഭാഗമാണ് എസ്സേന്യർ എന്ന് പറയുന്നത് ഈ എസ്സേന്യരാണ് അവരുടെ വിഭാഗത്തിലാണ് യോഹനൻസ് നാവകൻ ചേർന്ന് നിന്നിരുന്നത് അതുകൊണ്ട് ആ എസ്സേന്യ വിഭാഗത്തിന്റെ ചില മൌലികമായ ആശയഗതികൾ യവഹനസ് നാവകന്റെ ജീവിതത്തിൽ കാണാം പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെയിലൂടെ സഞ്ചരിക്കുകയോ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയോ ഒന്നും ചെയ്യില്ല വളരെ വളരെ ഐസൊലേറ്റഡ് ഗ്രൂപ്പായിട്ട് വിഭിന്നമായ ഒറ്റപ്പെട്ട ഒരു ഗ്രൂപ്പായിട്ട് അങ്ങനെ മാറി നിൽക്കുകയും അവര് ദൈവധ്യാനത്തിൽ ദൈവികമായ ധ്യാനത്തിൽ സമയം ചെലവഴിച്ച് താപസവൃത്തി ചെയ്ത് തപോനിരതരായി അങ്ങനെ കഴിയുകയും ചെയ്യുന്ന വിഭാഗം അവർ ഏറ്റവും ലളിതമായി വസ്ത്രമേ ധരിക്കൂ അവരെ സാധാരണക്കാരെ പോലെ വസ്ത്രാന്രിച്ച പൊതുസ്ഥലങ്ങളിലൊന്നും കാണപ്പെടുകയില്ല അവർ വളരെ അപൂർവ്വ സമയങ്ങളിലെ പൊതുവിൽ രംഗത്ത് വരികയുള്ളൂ അങ്ങനെയുള്ള കൂട്ടത്തിൽ നിന്നാണ് യോഹന്ന സ്നാവകൻ പരസ്യ ശുഷയ്ക്ക് വേണ്ടി ഇറങ്ങിയത് യൌഹന്ന സ്നാവകന്റെ ശുശ്രൂഷയെക്കുറിച്ച് ഇന്ന് പറയാമെന്നാണല്ലോ ഞാൻ പറഞ്ഞത് സമയം കുറച്ച് മുന്നോട്ട് പോയി എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ് ഒന്നാമത്തെ ശുശ്രൂഷ യോഹന്നാവകൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞത് ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് യോഹന്നു ശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യവും മുപ്പത്തിയാറാം വാക്യവും വായിക്കാം ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യേശുവിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞ് ദനഹ അല്ലെങ്കിൽ ഉദയം കുറിച്ച ആ വ്യക്തിയാണ് യോഹന്ന സ്നാവനഹ എന്ന സുറിയാനുപതത്തിന്റെ അർത്ഥം ഉദയം എന്നാണ് ഉദയം യേശുക്രിസ്തു പരിശ്രൂഷിക്കു വേണ്ടി സൂര്യൻ ഉദിക്കുകയാണ് അന്ന് ആ സ്നാനമേറ്റ ദിവസം ദൈവത്തിന് സ്തോത്രം പിറ്റേനാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യേശുക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് യോഹന്നാൻ സ്നാപകനാണ് വീണ്ടും ഒന്നിന്റെ കൂടി വായിക്കാം ഒന്നിന്റെ ഇരുപത്തി ഒമ്പത് യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ രണ്ടു പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന് സ്തോത്രം അത് യേശുക്രിസ്തുനെ കുറിച്ച് പറയുന്ന ഒരു സിമ്പലാണ് ഒരു ദൃഷ്ടാന്തമാണ് ഒരടയാളമാണ് യേശുക്രിസ്തുനെ കുറിച്ച് പറയുന്ന ഒരു ഉദാഹരണമാണ് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് കുഞ്ഞാടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എളിമയും താഴ്മയും ശാന്തതയും സൗമ്യതയും മാത്രം അവിടെ മറുതെളിപ്പില്ല അവിടെ മത്സരമില്ല ആരോട് യുദ്ധമില്ല ആരോട് എതിർപ്പില്ല ദൈവത്തിന്റെ കുഞ്ഞാട് കൊല്ലുവാൻ പിടിക്കുമ്പോൾ കരയുകയല്ലാതെ മറ്റൊന്നും കുഞ്ഞാട് ചെയ്യുകയില്ല വിനയപൂർവ്വം അത് തല താഴ്ത്തിക്കൊടുക്കുകയല്ലാതെ അതിന് മറുതിലിക്കാൻ അറിഞ്ഞുകൂടാ അതിനെതിർക്കാൻ അറിഞ്ഞുകൂടാ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാവം ചുമതൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യവർനാഥ് സാമ്യം പിന്നെയും പറയുന്നുണ്ട് ദൈവത്തിന്റെ കുഞ്ഞാട് ക്രിസ്തുവിനെ ദൈവ കുഞ്ഞാടായി യഹൂദന് ദൈവ കുഞ്ഞാടെന്ന് പറയുമ്പോൾ കുഞ്ഞാടെന്ന് പറയുമ്പോൾ യഹൂദിന് ഓർമ്മ വരുന്നത് പണ്ടത്തെ സംഭവമാണ് ഏതാണ് പണ്ടത്തെ സംഭവം അന്ന് ഇസ്രായേൽ ജനം മിശ്രീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അന്ന് ആ ദൈവ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു ആ കുഞ്ഞാടിന്റെ രക്തത്താലാണ് യഹൂദ ജനത്തിന് അന്ന് വിടുതൽ ലഭിക്കുന്നത് യഹൂദ ജാതിക്ക് ഇസ്രായേൽ ജനത്തിന് വിടുതൽ ലഭിക്കുന്നത് പറവ രാജാവിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടുന്നത് കുഞ്ഞാടിന്റെ രക്തത്താലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അല്പമൊന്നും ഊന്നി പറയാതിരിക്കാൻ വയ്യ ഈ കാര്യം എന്താണെന്നറിയാമോ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവകുഞ്ഞാടെറുക്കപ്പെട്ടത് കൊണ്ടാണ് നാം ഇന്ന് ആത്മീയമായ വീണ്ടും ജനത്തിന്റെ അനുഭവത്തിലേക്ക് വന്നത് ഇല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് വരാൻ ആർക്ക് സാധ്യമല്ല നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടത് നമ്മുടെ മേലിൽ സംഹാരകൻ മാറുന്നത് നമ്മുടെ ശാപങ്ങൾ മാറുന്നത് നമ്മുടെ കുടുംബങ്ങളിലുള്ള ബന്ധനങ്ങൾ അഴിയുന്നത് ഈ ദൈവ കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ദൈവത്തിന്റെ കുഞ്ഞാട് അന്ന് ഇസ്രായേൽ ജനം അന്ന് സന്ധിക്ക് കുഞ്ഞാടിനെ അറുത്തു ഊനമില്ലാത്ത കുഞ്ഞാടിനെ അറുത്തു അതിന് രക്തം വാതിൽപ്പെടുമേലും കുറുമ്പിടുമേലും തളിച്ചു നമുക്കറിയാം സന്ധിക്ക് ഈ കുഞ്ഞാടിന്റെ ദീനദീന രോധനം മുഴങ്ങി അലറിക്കരച്ചിൽ മുഴങ്ങി എവിടെ ഓരോ വീട്ടിലും വിശ്വസിച്ചു ഇസ്രായേൽക്കാരുടെ വീടുകളിലൊക്കെയും സന്ധിക്ക് ദൈവികുഞ്ഞാടിന്റെ കരച്ചിലും മുഴങ്ങി ആ കരച്ചിലിന്റെ ശബ്ദം സന്ധിക്ക് മുഴങ്ങി വീടുകളിൽ വാതിൽ പടിമേലും കുറുമ്പടിമേലും മുകൾത്തെ വാതിലിന്റെ കട്ടളയുടെ വാതിൽ പടിമേലും മുകൾത്തെ അവിടെ കുഞ്ഞാട് രക്തം തെളിച്ചു സഹോദരങ്ങളെ അന്ന് ആ കുഞ്ഞാട് രക്തം ഭവനങ്ങളിൽ അർദ്ധരാത്രിക്ക് സംഹാരകൻ കടയി കയറിയില്ല മറ്റെല്ലാ ഭവനങ്ങളിലും സംഹാരകൻ കയറി ഊനമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തം തെളിക്കപ്പെട്ടവരിൽ മാത്രമേ സംഹാരകന് തൊടാതിരിക്കാൻ സാധിക്കുകയുള്ളൂ സംഹാരകൻ തൊടണമെങ്കിൽ കുഞ്ഞാടിന്റെ രക്തം അവിടെ കാണരുത് എന്റെ ദൈവത്തിന് സ്തോത്രം അന്ന് ഫറോരാജാവിന്റെ കൊട്ടാരം മുതല് മിസ്രൈമിലെ അനേകം അനേകം വീടുകളിലെല്ലാം വലിയ മുറവിളി അർദ്ധരാത്രിക്ക് ഉണ്ടായി സംഹാരദൂതൻ ഒരേ സമയത്ത് അർദ്ധരാത്രിക്ക് ഓരോ വീട്ടിലും കടന്നിയെന്ന് കടിഞ്ഞൂലുകളെ സംഹരിച്ചു കടിഞ്ഞൂൽ സന്തതികളെ കൊന്നു കടിഞ്ഞൂൽ എന്തെല്ലാം ഉണ്ട് മനുഷ്യരുടെ കടിഞ്ഞൂല് തന്നെ ഒന്നാമത്തെ സന്തതിയായിട്ട് ജനിച്ച അപ്പന്റെ മോനുണ്ടാകും അപ്പന്റെ മോന്റെ മോനുണ്ടെങ്കിൽ മൂന്നാം ആ മോന്റെ മൂത്തോ കൂട്ടി അത് മരിക്കും അല്ല അപ്പന്റെ മോളുണ്ടെങ്കിൽ ആ മോളുടെ മൂത്ത് മരിക്കും അങ്ങനെ കടിഞ്ഞൂലായി വീട്ടിലുള്ളതെല്ലാം എല്ലാം സംഹരിക്കപ്പെട്ടു ദൈവത്തിന് സ്തോത്രം ഓർക്കുക സംഹാരകൻ നമ്മളെ തൊടാതിരിക്കണമെങ്കിൽ പൈശാചിക ശക്തി നമ്മളോട് എടുക്കാതിരിക്കണമെങ്കിൽ ഈ കുഞ്ഞാടൻ രക്തത്തിന്റെ മുദ്ര വാതിൽപ്പിടിമേലും കുറുമ്പിടിമേലും തളിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ വലകമേൽ തളിച്ചിരിക്കണം പുറമേയുള്ളൊരു തളിപ്പല്ലത് പുറമെയുള്ളതായ ഒരു ഒരടയാളമല്ലാതെ പുറമേയുള്ളതായ ഒരു മുദ്രയല്ലാതെ ദൈവത്തിന്റെ സ്തോത്രം അത് ഒരു മുദ്രയാണ് ആത്മാവിന്റെ ഒരു അടയാളമാണ് ദൈവത്തിന്റെ വദനമ്പ്രയും അടയാളമുള്ള ഒരുത്തിനെയും തുടരുത് എന്റെ അടയാളമുള്ള ഒരുത്തിനെയും തൊട്ടുപോകരുത് ദൈവത്തിന്റെ വചനത്തിൽ സങ്കീർത്തനം നൂറ്റിനാലിൽ അത് കാണാം എസ് കെ പ്രവചനം ഒമ്പതാം അധ്യായത്തിലത് കാണാം അടയാളമുള്ള ഒരുത്തിനെയും തുടരുത് പ്രിയപ്പെട്ടവരെ അടയാളമുള്ളവരെ തുടരുത് എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന അടയാളത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ആ വിഷയങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് എസ് കെ അടയാളം ഇടുവാൻ ആ എഴുത്തുകാരൻ മഷുക്കുപ്പിയുമായി വന്ന ആ മനുഷ്യനെക്കുറിച്ചും അവന്റെ പിന്നെ അഴിവേന്തി വന്ന വേറെ ആ അഞ്ച് പുരുഷന്മാരെ കുറിച്ചുമെല്ലാം പറയുന്ന ആ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുള്ളതും അതിന്റെ വിശദീകരണങ്ങൾ കേട്ടിട്ടുള്ളതുമാണ് പ്രിയപ്പെട്ടവരെയും ഓർക്കുക അടയാളമുള്ളവരിനെയും തുടരുതെന്നുള്ള കൽപ്പനയുണ്ട് എന്റെ സഹോദരങ്ങളെ അന്ന് യോഹന്യസ് നാവകൻ ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് ചൂണ്ടിക്കാണിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം അതിന്നും ഗുണകരമായി നമ്മുടെ ഹൃദയത്തിൽ അടയാളം വീഴ്ക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്നുണ്ട് എന്റെ ദൈവത്തിന്റെ സ്തോത്രം ഇതുവരെയും പാവത്തോട് നിങ്ങൾ യാത്ര പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതുവരെയും പാപമില്ലാത്ത ജീവിതം തുടങ്ങിയില്ലെങ്കിൽ സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾ ക്രിസ്തുവിനോട് വാക്കു പറയണം കർത്താവേ ഞാൻ പാപമേക്ഷിക്കുന്നു നിന്റെ അടയാളം എനിക്ക് തരണമേ നീ കുറിച്ചിൽ ചൊരിഞ്ഞ രക്തം എന്റെ ഹൃദയത്തിൽ നീ പതിക്കണമേ എന്റെ ഹൃദയത്തിൽ ഒരു തുള്ളി രക്തം നീ തളിച്ച് എന്റെ ശാപങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്റെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് വളരെ തുറന്നു പറയുകയാണ് എല്ലാ കുടുംബങ്ങളും തകർന്നുകിടക്കുകയല്ലേ പണമുണ്ട് പക്ഷേ സമാധാനമില്ല ആരോഗ്യമുണ്ട് പക്ഷേ സമാധാനമില്ല പൈസയുണ്ട് പക്ഷേ സമാധാനമില്ല നല്ല വിദ്യാഭ്യാസവും ഉദ്യോഗവും ഉണ്ട് പക്ഷേ സമാധാനമില്ല ഹൃദയം ഒന്നും ഇരങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ ജീവിതമാകുകയെ ആടി ഒലിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ കുടുംബങ്ങളും തകർന്നു കിടക്കുകയല്ലേ എവിടെയുണ്ട് ഒരിറ്റ് ശാന്തത എവിടെയുണ്ട് ഒരിറ്റ് സ്വസ്ഥത മനസ്സ് വിങ്ങി വിങ്ങി വലയുകയല്ലേ എന്റെ സഹോദരങ്ങളെ ഇങ്ങോട്ട് പറയട്ടെ ദൈവത്തിന് സ്തോത്രം കുഞ്ഞാടിന്റെ രക്തത്തിന്റെ തളുപ്പ് കിട്ടുമ്പോൾ അപ്പോൾ തലമുറകളായുള്ള എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകും പ്രിയപ്പെട്ടവരെ കർത്താവേശുവിന്റെ തിരു രക്തത്തിന്റെ മുദ്ര കിട്ടുമ്പോൾ മാത്രമേ ശാപങ്ങൾ മാറുകയുള്ളൂ ശാപങ്ങൾ കൊണ്ട് ശരിയാണ് അപ്പന്റെ കാലത്ത് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശാപം മക്കൾക്ക് വരും അപ്പന്റെ അപ്പന്റെ കാലത്ത് തെറ്റു വന്നെങ്കിൽ അതിന്റെ ശാപം മക്കൾക്ക് വരും ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം ബഹുത്തപ്പെടട്ടെ ഞാന് ലജ്ജ കൂടാതെ പറയാറുണ്ട് എന്റെ കുടുംബത്തിൽ ശാപം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ സ്തോത്രം എന്റെ കുടുംബത്തിൽ മരണത്തിന്റെ ഒരു ശാപം ഉണ്ടായിരുന്നു ആരുടെ പാവം കൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് നിശ്ചയമില്ല എന്റെ അപ്പന അങ്ങനെ ഒരു പാവം ചെയ്തതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല അമ്മ പറഞ്ഞു കേട്ടിട്ടില്ല ഏതായാലും അങ്ങനെയുള്ളൊരു ഒരു ഒരു ചിന്താഗതിയുള്ള ഒരു കുടുംബമല്ല ഞങ്ങളുടെ കുടുംബക്കാരും ദൈവത്തിന്റെ സ്തോത്രം എനിക്കറിയാം വളരെ ശാന്തമായും ആരോടും ഒരു കാര്യത്തിന് അഴുക്കുകൂടാതെയും മാനമര്യാദയായി എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി രണ്ടു നേരം സംസ്കാരം ചൊല്ലി എല്ലാം നോമ്പ് നോക്കി അങ്ങനെ ഒരുവിധം ഒരുവിധം മാനമര്യാദയായി ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം തന്നെ ദൈവത്തിന് സ്തോത്രം അവങ്ങുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ശാപങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് മറ്റൊന്നറിയാം അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുടുംബങ്ങളിൽ പണ്ട് മന്ത്രവാദങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെന്ന് മന്ത്രവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്ന് എന്നുവെച്ചാൽ ആരെയും വിളിച്ച് കബഡി നിരത്തുക എന്നുള്ള ആ പരിപാടിയും മറ്റും കേട്ടിട്ടില്ല പക്ഷേ ചില ശാപങ്ങൾ മാറാനാണെന്നും പറഞ്ഞ് ഈ കണിയാനേയും അതുപോലെ നമ്പൂരിയെയും ഒക്കെ കൊണ്ടുവന്ന് പൂജ നടത്തിക്കുകയും അവർക്ക് പൈസ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്റെ അമ്മ ചെയ്തിട്ടില്ല എന്റെ അപ്പന ചെയ്തതായി ഞങ്ങൾക്കറിയില്ല അമ്മയ്ക്കറിവില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ എന്നാൽ കുടുംബത്തിലെ കാരണവന്മാർ അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ കാണിച്ചു പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്റെ സഹോദരങ്ങളെ ചില അന്ധവിശ്വാസങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ട് ചില അബദ്ധാചാരങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ട് അതൊക്കെ എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിലൊക്കെ ഉള്ളതല്ലേ എന്നേ ആളുകൾ ചിന്തിച്ചിട്ടുള്ളൂ എന്റെ ദൈവത്തിന്റെ സ്തോത്രം ഏതായാലും ഞങ്ങളുടെ കുടുംബത്തിൽ ശാപമുണ്ടായിരുന്നു അഞ്ച് മരണം തുടരെ തുടരെ നടന്നു ദൈവത്തിന്റെ സ്തോത്രം ഇന്ന് രാവിലെയും ഞാൻ ചിന്തിച്ചു ശാപങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നുണ്ടോ കർത്താവെ ഏതെങ്കിലും ശാപങ്ങളുടെ ബാക്കി ഭാഗങ്ങൾ ഇനിയും ഞാൻ എന്റെ ജീവിതം നിനക്ക് തന്നു കർത്താവെ കുടുംബമായി ഞാൻ നിനക്ക് സമർപ്പിച്ചു എന്നാലും എന്റെ ദൈവമേ ദാവിതിന്റെ പാവ നീ ക്ഷമിച്ചു കൊടുത്തെങ്കിലും ദാവിത് ചെയ്തു പോയ പാപത്തിന്റെ ഭയാനകത്വം നീ ക്ഷമിച്ചു കൊടുത്തെങ്കിലും എന്റെ കർത്താവെ ചില ബന്ധനങ്ങൾ പിന്നെയും നിന്നല്ലോ ഞാൻ ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ചു കർത്താവെ ചില ബന്ധനങ്ങൾ പിന്നെയും ദാവിതിന്റെ ജീവിതത്തിൽ നിന്നു എന്താണ് ദാവി പാപം ചെയ്തു ദാവിതിന്റെ മകൻ വ്യഭിചാരം ചെയ്തു ദാവിത് പാപം ചെയ്തു ദാവി മകൻ ദാവീതിന്റെ ഒരു മോളെ വ്യിചാരം ചെയ്തു ദാവീത് പാവം ചെയ്തു ദാവീതിന്റെ പാവം ക്ഷമിച്ചതിനു ശേഷവും ദാവീതിന്റെ ഒരു മകൻ വേറൊരു മകനെ അടിച്ചു കൊന്നു ദാവി ദാവീതിന്റെ ഒരു മകൻ ദാവീദിനെതിരായി മത്സരിച്ചു കർത്താവെ ശാപങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ പിന്നെയും നിന്നു എന്റെ കർത്താവെ അതും കൂടി മുറിച്ചു മാറ്റാൻ നിനക്ക് കഴിയുമല്ലോ എന്റെ ദൈവമേ ഞാൻ ഇനി എന്തെല്ലാം സമർപ്പിച്ചാൽ മതിയാകും എന്റെ കുടുംബത്തിൽ ഇനിയും വലതും ബാക്കിയുണ്ടോ എല്ലാ ശാപങ്ങളും എന്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ദോഷം വരാതിരിക്കാൻ എല്ലാ ശാപങ്ങളും മാറാൻ ഇനി ഞാൻ എന്തെല്ലാമാണ് സമർപ്പിക്കേണ്ടത് എന്റെ കർത്താവെ ഞാൻ മുഴുവനായി നിനക്ക് തരുന്നു ഞാൻ പിന്നെയും അങ്ങനെ പറയുകയാണ് ഇപ്പോഴും അത് പറയുകയാണ് എന്നും അത് പറയുകയാണ് എനിക്ക് മറ്റൊന്നും കഴിവില്ല എനിക്ക് മറ്റൊന്നും അറിയാൻ പാടില്ല ഞാൻ വളരെ വളരെ എളിമയോടെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പറയുന്ന ചുമ്മാ പറഞ്ഞതല്ല ദൈവത്തിന്റെ സ്തോത്രം എനിക്ക് ആത്മീയമായ വലിയ പരിജ്ഞാനവുമില്ല സത്യം പ്രിയപ്പെട്ടവരെ നിങ്ങോട്ട് പറയട്ടെ എനിക്കൊരു കാര്യം മാത്രം കർത്താവ് ഒരാശ തന്നു ശാപങ്ങളെല്ലാം എന്തെല്ലാം എന്തെല്ലാം പൂർവീയന്മാരിൽ നിന്ന് എന്റെ മേൽ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടോ അതെല്ലാം എന്നിൽ നിന്ന് മാറണം പോരാ എന്റെ മക്കളിൽ നിന്ന് മാറണം പോരാ അനന്തര നിന്ന് മാറണം അതിനു തക്കതുപോലെ ഞാൻ ഒറ്റയ്ക്കൊരാള് പൂർണ്ണവിശുദ്ധനായി മരണത്തോളം നിന്നുകൊള്ളാം എന്റെ ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ ഏതെങ്കിലും ഓരോരുത്തരും ചിന്തിപ്പിയും നിങ്ങളുടെ ആരുടെയെങ്കിലും തലമേൽ ഏതെങ്കിലും ശാപങ്ങൾ ഇനി ബാക്കി നിൽക്കുന്നുണ്ടോ പാവംകർത്താവ് കൃഷിയാൽ ക്ഷമിച്ചു തന്നു നിങ്ങൾക്ക് ദൈവരാജയ്ക്കുള്ള പ്രവേശനം തന്നു ശരി പക്ഷേ നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടോ വല്ലതും ബാക്കി നിൽക്കുന്നുണ്ടോ ദൈവത്തിന് സ്തോത്രം കുഞ്ഞാടിന്റെ രക്തം ഊരമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം വന്നു വേണം ഈ ശാപങ്ങൾ എല്ലാ ശാപവും മാറണം നമുക്കറിയാൻ പാടില്ല പൂർവ്യന്മാരുടെ കാലത്ത് എന്തെല്ലാം ചെയ്തുവെന്ന് പൂർവ്യന്മാരുടെ കാലത്ത് വല്ലവര് അടിച്ചിട്ടുണ്ടാകുമോ സാധുക്കൾ ഉപദ്രവിച്ചുണ്ടാകുമോ അന്ന് കൊല്ലം കൊലയും ഉള്ള കാലത്ത് തൊഴിലാളികളെ എല്ലാവരെയും മർദ്ദിച്ചുണ്ടാകുമോ അന്ന് ഭരിച്ച് ജന്മിമാരെ പോലെ ഇരുന്നതായ പൂർവികന്മാരെ അന്ന് കൃഷിപ്പാടത്ത് വെച്ച് ആരെങ്കിലൂടെങ്കിലും മത്സരിക്കുകയോ വലിയ വെല്ലുവിളികൾ നടത്തുകയോ ഒരുപക്ഷെ കൊലപാതകം തന്നെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാകുമോ എന്റെ കർത്താവെ എനിക്ക് അറിഞ്ഞുകൂടല കർത്താവെ പൂർവീകന്മാരുടെ കാലത്ത് വല്ല അബദ്ധവും അന്ന് വല്ല പാവപ്പെട്ട സ്ത്രീകളെയും ഗർഭിണികളാക്കിയിട്ടുണ്ടായിരിക്കുമോ വല്ല ഗർഭചിതരവും നടത്തിയിട്ടുണ്ടായിരിക്കും എനിക്കറിഞ്ഞുകൂടാ കർത്താവേ എനിക്കറിഞ്ഞുകൂടാ ദൈവമേ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്നുപോയിട്ടുണ്ടാകുമോ കർത്താവേ ആർക്കെങ്കിലും ഇതിരായി വ്യവഹാരങ്ങൾ നടത്തിയിട്ടുണ്ടാകുമോ സാധുക്കളുടെ വഴി മുടക്കിയിട്ടുണ്ടാകുമോ പാവപ്പെട്ടവനെ ഉപദ്രവിച്ചിണ്ടാകുമോ തിരിച്ചെയ്യാൻ കഴിവില്ലാത്തവനോട് ഉപദ്രവം ചെയ്തിട്ടുണ്ടാകുമോ എനിക്കറിഞ്ഞുകൂടാ ദൈവത്തിന്റെ സ്തോത്രം എന്റെ സഹോദരങ്ങളെ നമുക്ക് ആർക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ശാപങ്ങൾ അവിടെ ബാക്കി നിൽക്കരുത് ചിലപ്പോൾ എന്റെ ദൈവമേ മനോരോഗങ്ങൾ അങ്ങനെയാണോ മക്കളുടെ മേൽ വരുന്നത് അല്ലെങ്കിൽ എന്റെ തലമുറ വരുന്നത് ദൈവത്തിന്റെ സ്തോത്രം പൂർവികന്മാരുടെ കാലത്തുണ്ടായതെങ്കിൽ കെടുതിയിൽ നിന്നാണോ ഇന്ന് ചിലരുടെ മനോരോഗികളായി തീരുന്നത് മാനസിക വൈകല്യമോ ശരീരത്തിലെ അംഗവൈകല്യമോ വരുന്നത് അതുകൊണ്ടാണോ എന്റെ കർത്താവെ ഞാനാണെന്നും പറയില്ല അല്ലെന്നും പറയില്ല പക്ഷെ എനിക്കൊന്നറിയാം കർത്താവെ എന്റെ പാവം മാറിയാൽ മാത്രം പോരാ എന്റെ മേലുള്ള സകല ബന്ധനങ്ങൾ അഴിഞ്ഞു കിട്ടണം എനിക്ക് നിയമാനസാന്ദ്രം തന്നു ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ ലാസറിനെ ജീവൻ തന്നെന്ന് പറഞ്ഞില്ലേ ശരിയാണ് പക്ഷേ കെട്ടിനി അഴിയാനുണ്ട് എന്റെ കെട്ടുകൾ ഇനി അഴിയാനുണ്ട് കർത്താവ് ഇനി ഏതെങ്കിലും കെട്ടുകൾ ഇനി അഴിയാനുണ്ടോ എന്റെ ദൈവത്തിന് സ്തോത്രം ഒന്നൊന്നായി എന്റെ സഹോദരങ്ങളെ നിങ്ങൾ ദൈവത്തോട് പറയണം അറിയാവുന്നൊക്കെ പറയാം എന്നിട്ടോ ഇനി മറ്റത് അറിയാൻ പാടില്ലാത്തത് മാറാൻ എന്താ പോകുമ്പഴി ആഴത്തിൽ സമർപ്പിച്ചുകൊള്ളുക ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിന്റേത് ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിന്റേത് എനിക്കിനി സ്വന്തമൊന്നുമില്ല എനിക്ക് സ്വന്തമൊന്നുമില്ല സ്വന്തം ശരീരമില്ല സ്വന്തം ജീവിതമില്ല ഇതായിരിക്കണം നമ്മുടെ സമർപ്പണം സ്വന്തം ഒരു ഭാവിയില്ല സ്വന്തം ഒരു ആത്മീയമില്ല സ്വന്തം ഒരു ശുശ്രൂഷയില്ല സ്വന്തം ഒരു താല്പര്യമില്ല സ്വന്തം ഒരു ആഗ്രഹമില്ല എന്റെ കർത്താവെ ഞാൻ എൻ്റെതെല്ലാം എന്റേതെല്ലാം താഴെ ഇതാ ഈ കരുവേദത്തിന് കീഴേ എന്റേതെല്ലാം ഈ കരുവേലകത്തിനും കീഴേ ഞാനിതാ കുഴിച്ചു മൂടുന്നു സകല ഗ്രഹബിംബങ്ങളെയും ഈ കരുവേലകത്തിനും കീഴേ ഞാനിതാ കുഴിച്ചു മൂടുന്നു എന്റെ കർത്താവെ ഈ പിജവൃക്ഷത്തിന്റെ ചുവടെ ഞാനെല്ലാം കുഴിച്ചു മൂടുന്നു കർത്താവെ ഗോകുൽത്തായലെ കുരിസിന്റെ ചുവടെ ഞാനിതെല്ലാം കുഴിച്ചു മൂടുന്നു ആ കുരിശിലിന്ന് അന്നൊഴിയ തിരു ഒരു തുള്ളി ഞാനീ കുഴിച്ചു മൂടിയതന്നെ ഈ ദേവിയാണ് അതെല്ലാം ദഹിപ്പിച്ചു കളയണമേ ദൈവത്തിന്റെ സ്തോത്രം ദൈവമക്കളെ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കണം തലമുറകളേൽ നിന്ന് സകലബന്ധനം കഴിഞ്ഞു മാറാൻ നിങ്ങളെ തന്നെ നിങ്ങൾ വിട്ടുകൊടുക്കണം നമുക്ക് കക്ഷി മത്സരം വേണ്ട നമുക്ക് കക്ഷി താൽപ്പര്യം വേണ്ട നമുക്ക് സഭാ വഴക്ക് വേണ്ട നമുക്ക് സമുദായ കലഹം വേണ്ട നമുക്ക് ആരോടും പരാതി വേണ്ട നമുക്കാരോടും പരിഭവം വേണ്ട നമുക്കൊന്നു മതി നമുക്ക് യേശു മതി അല്ലോയി നമുക്ക് യേശു രക്ഷകൻ മതി നമുക്ക് യേശു രാജാവ് മതി നമുക്ക് യേശുവിന്റെ ക്രമ മതി നമുക്ക് യേശുവിന്റെ രാജ്യം മതി നമുക്ക് യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എന്നുള്ള പദവി മതി വേറൊന്നും വേണ്ട കർത്താവെ യേശുവിനെനിക്ക് സ്നേഹിക്കണമെന്ന് കാല യേശുവിനെനിക്ക് ആരാധിക്കണമെന്ന് കാല അലയ്യ ആത്മാവിൽ യേശുവിനെ സ്തുതിക്കണമെന്ന് കാല എനിക്ക് വേറൊന്നും വേണ്ടപ്പ അപ്പ എനിക്ക് വേറൊന്നും ആശയില്ല ഞാൻ എന്റെ പുന്മാരുടെ കാലത്തിന് നിന്ന് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് യേശുവിനെ ഞാൻ അനുഭവിക്കണം എന്നാൽ ആരെല്ലാം ഏതെല്ലാം ദുർ നടപടികളിലോ ദുരാചാരങ്ങൾ കൊടുങ്ങിയാലും അതിനൊന്നും കൊടുങ്ങാൻ ഞാനില്ല ഞാനതിനില്ല ഞാൻ ഒന്നിന് മാത്രം നിൽക്കും യേശുവിന്റെ കൂടെ ഞാൻ നിൽക്കും യേശുവിന്റെ ആളത്തിന്റെ കൂടെ നിൽക്കും യേശുവിന്റെ ദൈവമക്കളുടെ കൂടെ നിൽക്കും യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂടെ നിൽക്കും ഞാൻ ഒന്നു മാത്രം ചെയ്യും യേശു പ്രസാദിക്കുന്നിടത്ത് ഞാൻ നിൽക്കും ഹാലുയ്യ ദൈവത്തിന് സ്തോത്രം എനിക്ക് വേണ്ടത് ഒരു ക്രിസ്തീയ പൂർണതയാണ് എനിക്ക് വേണ്ടത് ഒരു ക്രിസ്ത്യൻ പെർഫെക്ഷനാണ് ക്രിസ്തീയ പൂർണത ഹാലുഹ്യ വിശുദ്ധിയിൽ പൂർണ്ണത ദൈവസ്നേഹത്തിൽ പൂർണത ദൈവസ്നേഹത്തിന്റെ നിറവ് ഹാലലുയ്യ സ്തുതിയുടെ നിറവ് ആത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവ് ഹാലലുയ്യ എന്റെ ദൈവമേ എനിക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനെ തന്നെയാണ് എന്റെ കർത്താവൽ ക്രമാവരങ്ങളല്ല എനിക്ക് വേണ്ടത് എനിക്ക് ആത്മാവിനെ തന്നെയാണ് എനിക്ക് കർത്താവ് തരുന്നതിൽ കൃപാപരങ്ങളോ അല്ല വേണ്ടത് എനിക്ക് ദൈവത്തിന്റെ ആത്മാവിനെ തന്നെയാണ് വേണ്ടത് ഹാലുയ്യ ഹാലുയ്യ ആത്മാവേ എന്റെ മേലിടിച്ചിറങ്ങുമോ ദൈവത്തിന്റെ ആത്മാവേ ഈ പാവപ്പെട്ടവന്റെ മേൽ ഇപ്പോൾ ഇറങ്ങി വരുമോ കർത്താവേ പിളരേണ്ടതല്ല ഞാൻ പിളർന്നു വെക്കാം കർത്താവേ പിളരാത്ത ഒന്നുമില്ലപ്പോ ഞാൻ അറിഞ്ഞെടുത്തതെല്ലാവെല്ലാം എല്ലാം പിളർന്നു ി പിളരാത്ത എന്തെങ്കിലും ഉണ്ടോ അപ്പ അറിഞ്ഞുകൂടാ എല്ലാം പിളരാൻ സമ്മതമാണപ്പാ എല്ലാം പിളരാം അബ്രഹാം പിളർന്നു വെച്ചുയ്യ അവൻ കോലാടിനെ പിളർന്നു അവൻ ആടിനെ പിളർന്നു അവൻ കാളക്കുട്ടിയെ പിളർന്നു വെച്ചു ഹാലുയ്യ എന്നാൽ അവൻ ചെറുതാവിനെയും പ്രാവ്യം കുഞ്ഞിനെയും മാത്രം പിളർന്നില്ല പ്രാവല്ലേ നല്ല ശുദ്ധിയുള്ള പക്ഷിയല്ലേ പ്രാവല്ലേ അത് ശുദ്ധിയുള്ള പക്ഷിയല്ലേ അതിന് പിളരുണ്ടായെന്ന് വിചാരിച്ചു ദൈവത്തിന് സ്തോത്രം പക്ഷേ മറ്റ് വലിയവയെല്ലാം പിളർന്ന് അതെല്ലാം പിളർന്ന് പണ്ടവും കൊടലുമെല്ലാം അകത്തുള്ളതെല്ലാം അതെല്ലാം മാറ്റി പിടർന്ന ഭാഗങ്ങൾ നേർക്കു വെച്ചു എന്നാൽ കുറുപ്രാവിനെയും പ്രാവ്യം മാത്രം പിളർന്നില്ല അപ്പോൾ റാഞ്ചൻ പക്ഷി ഇറങ്ങി വന്നു ബ്രഹാവം വരുന്നു തീയല്ലേ ഇറങ്ങാൻ ഞാൻ പ്രാർത്ഥിച്ചത് പിന്നെ എന്താണ് രാജം ഇറങ്ങുന്നത് ഉൽപ്പത്തി പതിനഞ്ച് ഞാൻ പ്രാർത്ഥിച്ചത് തീയിറങ്ങാനല്ലേ പിന്നെ എന്താണ് ഈ രാജം ഇറങ്ങുന്നത് ഞാൻ സമർപ്പിച്ചത് സ്വർഗത്തെ തീയിറങ്ങാനല്ലേ പിന്നെ എന്താണ് രാജം വരുന്നത് അബ്രഹാംന് മനസിലായില്ല എന്തുകൊണ്ടാണ് രാജം പക്ഷി വരുന്നത് എന്റെ ദൈവമേനെ കാണിച്ചു തരണമേ തീ ഇറങ്ങാൻ ഞാൻ പ്രാർത്ഥിച്ചു പിഴർന്ന ഭാഗങ്ങളുടെ ഇടനടുവിൽ തീ വരേണ്ടതാണ് എന്നാൽ തീ ഇറങ്ങാൻ പ്രാർത്ഥിച്ചിട്ട് രാജം പക്ഷി എന്താണ് എന്റെ ദൈവത്തിന്റെ സ്ത്രോത്രം ദൈവ നീ വെച്ചപ്പോൾ നീ പ്രാർത്ഥിച്ചപ്പോൾ നീ സമർപ്പിച്ചപ്പോൾ തീയല്ല മോനെ ഇറങ്ങിയത് മോളയെ തീയല്ല ഇറങ്ങിയത് അന്യഭാഷ നിനക്ക് തോന്നി ആത്മീയം നിനക്ക് തോന്നി റാഞ്ചം ഫോഷിന്റെ ആത്മാവാണ് ഇറങ്ങിയത് അന്യ അഗ്നിയാണ് ഇറങ്ങിയത് ദൈവത്തിന് സ്തോത്രം അത് നിനക്ക് മനസ്സിലാക്കാൻ ഇടയായാൽ അതൊരു വലിയ വെളിവാണ് കേട്ടോ എന്റെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം അബ്രഹാം നേരം സന്ധ്യയായി ഇരുളായി വന്നു ഭീതിയും അന്തസം അബ്രഹാമിനു മേൽ വീണു അബ്രഹാം ആട്ടിക്കളയുമ്പോൾ രാജപക്ഷി പറന്നുപോകും പക്ഷേ പിന്നെയും വരും കാരണം രാജപക്ഷിക്ക് അവകാശമുള്ളതാകെ തിരിപ്പുണ്ട് ദൈവവൈതലയെ ആട്ടിക്കളയുമ്പോൾ രാജപക്ഷി പറന്നുപോകും പക്ഷേ പിന്നെയും വരുന്നു ദൈവത്തിന്റെ ആത്മാവ് സ്തുതിക്കുമ്പോൾ നിന്നുള്ള ബന്ധനങ്ങൾ അഴിയും പക്ഷേ പിന്നെ ഇരട്ടി ബന്ധനങ്ങൾ വരും എന്താണ് കാരണം നിന്റെ വേൽ ആത്മാവ് ഊതുമ്പോൾ അപ്പോൾ ഈ ദുരാത്മവ്യാപാരം മാറും പക്ഷേ അല്പം കഴിയുമ്പോൾ പിന്നെയും അത് വന്ന് തിരികെ കയറും അതെന്തുകൊണ്ടാണ് രാജം പക്ഷി പിന്നെയും പറന്നു വരുന്നത് എന്തുകൊണ്ടാണ് രാജം പക്ഷിക്ക് അവകാശമുള്ളത് അതിനകത്തുണ്ട് ഒരു പ്രാവിനെ പിളർന്നില്ല ഒരു കുറുപ്രാവിനെ പിളർന്നില്ല കാലലുയ്യ പ്രാവി കുഞ്ഞിനെ മാത്രം പിളർന്നില്ല കാലലുയ്യ അയ്യോ പിളരാതെ ുള്ളത് കൊണ്ട് ഇനിയും എടുത്തു കളയാനുള്ളത് ചെറുതാണ് പക്ഷെ ഉള്ളത് കൊണ്ട് അവകാശമുള്ള റാഞ്ചം പക്ഷി പറന്നു വരുന്നു തീയവിടെ വരികയില്ല അബ്രഹാം കരഞ്ഞു ഭീതി ദിവസം ദൈവപുരുഷന്റെ മേൽ വീണു അന്ധകാരവും ഭീതിയും പാവം ദൈവവൈദലിന്റെ മേൽ വീണു അബ്രഹാം വലഞ്ഞുപോയി എന്റെ ഭർത്താവേ കരുണ തോന്നണമേ എനിക്ക് മനസ്സിലാകുന്നില്ല പരുണ തോന്നണമേ അപ്പോൾ മുഖപക്ഷമില്ലാത്ത ദൈവം പിളർന്ന ഭാഗങ്ങളുടെ അടുവിൽ കൂടി ഒരു തീ കടത്തി വിട്ടു ദൈവത്തിന്റെ സ്തോത്രം ഇതാ തീ കടന്നു വരുന്നു പിളർന്നു വെച്ച ഭാഗങ്ങളുടെ കൂടി ഒരു തീ കടന്നു വരുന്നു മറ്റേത് പിളർന്നുമില്ല തീ ഒന്നുമില്ല എന്റെ ദൈവത്തിന്റെ സ്തോത്രം ദൈവ വൈതലേ പിളർന്നു തീ വരും നിനക്ക് പിള്ളരാൻ ഇപ്പോഴും മനസ്സ് വന്നിട്ടില്ല കേട്ടോ തുറക്കാൻ മനസ്സ് വന്നിട്ടില്ല പിളർന്ന് വെച്ച പൂ പിളർന്ന് വെച്ച ഭാവങ്ങളുടെ നേരെ മാത്രം തീ വരുമെന്നെ അറിഞ്ഞുകൊള്ളുക പിളർന്ന് വയ്ക്കുക തുറന്ന് കാണിക്കുക അപ്പാ നാറ്റം വെച്ച് തുടങ്ങി തുറന്ന് പറയുക അപ്പാ നാറ്റം വെച്ച് തുടങ്ങി തുറന്നാൽ അസഹ്യമാണ് ദുർഗന്ധമുണ്ടെന്നേ വാർത്ത പറഞ്ഞതുപോലെ പറയുക കർത്താവേ നാറ്റം വെച്ച് തുടങ്ങി ദൈവത്തിന് സ്ത്രോത്രം എന്റെ കർത്താവെ നാറ്റുമെച്ചു തുടങ്ങി നീ കാര്യം ലാസന്റെ ഡെഡ് ബോഡി കാണാമെന്നതാണ് എനിക്ക് മനസ്സിലായി പക്ഷേ എന്റെ കർത്താവെ കാണാൻ നോക്കിയാൽ നിനക്കവടെ നിൽക്കാൻ ഒക്കുകയില്ല കർത്താവെ നാറ്റമിച്ച് തുടങ്ങി പക്ഷേ തുറക്കാതെ ലാസുയർക്കുകയില്ല മരിച്ചാൽ ഉയർക്കണമെങ്കിൽ തുറന്നേ പറ്റൂ കുഞ്ഞേ അലലുയ്യ തുറക്കാതെ ആത്മാവ് ഇറങ്ങുകയില്ല തുറക്കാതെ ബന്ധനം അഴിയുകയില്ല തുറക്കാതെ ജീവൻ പകരുകയില്ല തുറക്കാൻ മനസ്സ് വന്നേ പറ്റൂ ഹാലുയ്യ അലലുയി അലലുയ്യ ഒന്നും തുറക്കാതെ ബാക്കി വയ്ക്കല്ലേ ഒന്നും ഒന്നും ഇനി മറച്ചു പിടിക്കല്ലേ ഹാലലുയ്യൻ മകനെയും മനുഷ്യനെ മറക്ക ഇവിടെ എവിടെ മറയ്ക്കാൻ ഒക്കുമോ ദൈവ വൈതലെ ിൽ ഒളിച്ചുവെക്കാം സ്വർഗത്തിലെ ദൈവത്തെ ഒളിച്ചു വയ്ക്കാൻ പറ്റുവെന്നാണോ നിന്റെ ധാരണ എന്റെ ദൈവത്തിന് സ്തോത്രം അലലുയ അലലുയ എന്റെ കരുണയുള്ള കർത്താവിന് സ്ത്രോത്രം ദൈവജനമേ ഈ പകൽക്കാലം ഈ പൊളിരിക്കുന്ന ഇരിപ്പിൽ തീറങ്ങാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമോ ഊരുമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തം വാതിൽ പെടിമേലും കുറുമ്പെടുമേലും ദൈവദിന പ്രകാരം നിങ്ങൾ തയ്യാറാകുമോ കുഞ്ഞാടറുക്കപ്പെട്ടു വലിയ നിലവിളി ഗോകുൽത്തായിൽ മുഴങ്ങി ഹാലലു കാലത്തിന്റെ സന്ധിയിൽ ഗോകുൽ താഴിൽ മുഴുങ്ങിയ നിലവിളി കാലത്തിന്റെ സന്ധ്യ ആ നേരം സന്ധ്യാവേളയിൽ ഗോകുൽത്തായലെ കൊടുമുടിയിൽ മുഴങ്ങിയ ആ വലിയ നിലവിളി എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന നിലവിളി കുഞ്ഞാടിന്റെ നിലവിളി അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ നിലവിളി അന്ന് മുഴങ്ങിയത് കൊണ്ട് ആ രക്തം തളിക്കുന്ന ഏതൊരു നിന്നും സംഹാരകൻ മാറിപ്പോകും സംഹാരകൻ അടുക്കുകയില്ല സംഹാരകൻ അവിടെയൊന്നും നിൽക്കുകയില്ല സംഹാര ദൂരം അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല അവൻ കടന്നുപോകും അവൻ കടന്നുപോകും പക്ഷേ ആ ഭവന അവൻ കാണുകയില്ല ഭവനത്തിലേക്ക് അവൻ നോക്കുകയില്ല അവൻ ഒന്നേ നോക്കാൻ തുടങ്ങിയുള്ളൂ കുഞ്ഞാട് രക്തം കണ്ടു അവൻ പോയി അവനിതാ മാറിപ്പോവുകയാണ് ഓരമില്ലാത്ത കുഞ്ഞാട് രക്തമാണ് തെളിച്ചിരിക്കുന്നു അവൻ അടുക്കാൻ വയ്യാത്ത ഭവനമാണത് അത് ദൈവ രക്തമാണ് തെളിച്ചിരിക്കുന്നത് അവൻ അകന്നകന്നു പോയി അവൻ ഭയന്നു മാറി കുഞ്ഞാൻ രക്തമില്ലാത്ത ഭവനത്തിലോ അവൻ കടന്ന കടിഞ്ഞൂലുകൾ സംഹരിച്ചു ഹാലലുയ ഹാലുയ ഈ പകൽ നേരത്തെ ആരെല്ലാം ഊനമില്ലാത്ത കുഞ്ഞാടി രക്തത്തിന്റെ തെളിപ്പേൽക്കാൻ കൊതിക്കുന്നുണ്ട് കുഞ്ഞാട് രക്തത്തിന്റെ തെളിപ്പ് ഊനുമില്ലാത്ത കുഞ്ഞാടി രക്തത്തിന്റെ തെളിപ്പ് അത് കിട്ടാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ഹാലുലു ഹാലുയാ ഹാലുയാ ഹാലുയാ ഹാലും ലഭിച്ചു എന്ന് ഉറപ്പുള്ളവരെ അവരൊരുമിച്ച് പാടുവീൻ കുഞ്ഞാട്ടിൻറെ വീല നീണത്തിൽ తతి మర్త్యుజ రక్ష్యక్త క్షణతియ సంగణనల్ సహలవం తీర్ను పోయి సంహారదుద ఎన్నకడను పోయి సంహారదుద ఎన్నకడను పోయి ங்கள் சகலமும் తీర్నూ పోయి సంహారదుజ ఎన్నేకడనూ పోయి సంహారదుజ ఎన్నేకడనూ పోయి కున్యాటిందే విలాయె சேனத்தில் வரக்குனិច្ฉிக்கப்பட்ட ക്ഷണத்தில் Сенสังடங்கள் சகலவும் தீ ത്തിന്റെ മുദ്ര കിട്ടിയെന്ന് എങ്ങനെയറിയാം എങ്ങനെയറിയാം അത് നിങ്ങൾ മാനസത്തിന് യോഗ്യമായി ഫലം കായ്ക്കുമ്പോൾ അറിയാം ഫലം കായ്ക്കുമ്പോൾ നിങ്ങൾ അറിയും നിങ്ങൾ വിശ്വാസത്തിലത് അനുഭവമാക്കണം എങ്ങനെ കർത്താവെ ഞാൻ തിരുവൻഭാഗവന്ന് ഈ വചനം കേട്ടു ഞാൻ നിന്നോടാണൊരു വാക്ക് പറഞ്ഞത് മനുഷ്യരോടല്ല രഹസ്യങ്ങളോ കാണുന്ന യേശുവിനോടാണ് ഞാൻ പറഞ്ഞത് എന്റെ കർത്താവെ എന്റെ ജീവിതത്തിൽ ഇന്നെടുത്ത ഈ തീരുമാനം ഞാൻ മരണത്തോളം പാലിക്കും കർത്താവെ ഞാൻ ആ തീരുമാനം എടുത്താൽ ഒരു ചുവട് ഞാൻ വെക്കുമ്പോൾ നൂറ് ചുവട് നിന്ന് ഇങ്ങോട്ട് വെച്ചു വരും അതെനിക്കറിയാം അങ്ങനെയാണെങ്കിൽ നിന്റെ സകല കർമ്മയും എനിക്കതിന് തരും ഞാൻ വിശ്വസിക്കുന്നു എന്റെ കർത്താവെ എനിക്ക് നിന്നോട് ഇനിയൊരു അപേക്ഷയുണ്ട് ഈ മുദ്രയ്ക്ക് ഒരു കേടും വരാതെ ഈ അടയാളം ഒരണുപോലും മാറാതെ മരണത്തോളം എനിക്ക് നിൽക്കണം നീ എന്നെ നിർത്തണം ഞാൻ നിൽക്കുകയില്ല നീ നിർത്തുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു എന്നെ നിർത്താൻ നീ ഞാൻ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൽ ഞാൻ തിരുമുൻപാകെ എന്നെ തന്നെ വീണ്ടും സമർപ്പിക്കുന്നു ഭർത്താവെ ഞാൻ ഇന്നുമുതൽ മാനസാന്ദ്ര ഫലം കായ്ച്ചു നിൽക്കും എന്നെ കാണുമ്പോൾ എന്റെ ഭർത്താവിന് മനസ്സിലാകും ഞാൻ ആള് മാറിയെന്ന് എന്നെ കാണുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് ഗ്രഹിക്കാൻ കഴിയും ആള് മാറിയെന്ന് എന്നെ കാണുമ്പോൾ എന്റെ മാതാപിതാക്കൾക്ക് മനസ്സിലാകും ഞാൻ ആള് മാറിയെന്ന് എന്നെ കാണുമ്പോൾ എന്റെ മക്കൾക്ക് മനസ്സിലാകും ഞാൻ പഴയ അത്തനല്ല പഴയ അമ്മയല്ലെന്ന് എന്റെ കർത്താവെ എന്റെ അമ്മായിമ്മയ്ക്ക് മനസ്സിലാകും എന്റെ മരുമകൾക്ക് മനസ്സിലാകും എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് മനസ്സിലാകും എന്റെ സുപ്പീരിയേഴ്സ് മനസ്സിലാകും എന്റെ സബോർഡിനൻസ് മനസ്സിലാകും കർത്താവെ എല്ലാവരുടെ മുമ്പിൽ യേശുവിന്റെ ചായയുള്ളവനായി ചായ ഞാൻ നിൽക്കും അതെന്റെ തീരുമാനമാണ് കർത്താവെ ഈ തീരുമാനം ഇപ്പോൾ നീ അടിവരയിട്ട് തരണം ഈ തീരുമാനം നീയിപ്പോൾ കർത്താവെ നീയെ നിന്റെ ഒപ്പിട്ട് തരണം നിന്റെ സിഗ്നേച്ചർ ഇട്ട് തരണം ഹാലോ ലോഹിയ അത് ഞാൻ മരണത്തോളം പരിപാവനമായി സൂക്ഷിക്കും ഹാലോ ലോഹിയ ഉടമ്പടി ഞാൻ ഇതാ അത് എഴുതി നിന്റെ കയ്യിലേക്ക് തരികയാണ് ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിന്റേത് ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിന്റേത് ഹാലോ ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിന്റേത് ഹാല ലോയ്യ എല്ലാവരും എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ ഇരിപ്പീൻ ഹാലലോയിയ്യ എല്ലാവരും ശ്രദ്ധയോടെ ഇരിപ്പീൻ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സമയമാണ് കണ്ണുകളടക്കുക എന്താണ് പറഞ്ഞത് ഞാനും എനിക്കുള്ളതെല്ലാം ഇന്ന് മുതൽ യേശുവിന് ഹാലലോയ്യ ഞാനും എനിക്കുള്ളതെല്ലാം ഇന്ന് മുതൽ യേ യേശുവിന് ഞാനും എനിക്കുള്ളതെല്ലാം ഇന്ന് മുതൽ യേശുവിന് യേശുവേ യേശുവേ ഞാനും എനിക്കുള്ളതെല്ലാം ഇന്ന് മുതൽ യേശുവിനും മാത്രം എല്ലാവരും കണ്ണടച്ചിരിക്കുമ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നവർക്ക് ഇപ്പോൾ അവിടെവിടെ ഒറ്റ ഒറ്റിയായി എഴുന്നേരുന്നിൽക്കാം ഹാലലൊയ്യ എല്ലാവരും എഴുന്നേൽക്കാനല്ല പറഞ്ഞത് ക്ഷമിക്കണം ദൈവത്തിന് സ്തോത്രം അങ്ങനെ തീരുമാനമെടുക്കുന്നവര് വ്യക്തമായ തീരുമാനമാണെങ്കിൽ മാത്രം മാത്രം നിങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെടുന്നെങ്കിൽ വേണ്ട നിങ്ങൾക്ക് നല്ല ഉറപ്പ് കിട്ടുന്നെങ്കിൽ ഞാനും എനിക്കുള്ളതെല്ലാം ഈ നിമിഷം മുതൽ യേശുവിന്റേതെന്ന് ഉറപ്പ് കിട്ടുന്നെങ്കിൽ മാത്രം മാത്രം നിങ്ങൾക്ക് എഴുന്നേര് നിൽക്കാം കാരണവാനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അപ്പൊ സമർപ്പണമെടുത്ത ഈ നിന്റെ മക്കളെ അവിടെ നിന്ന് കാണുന്നുവല്ലോ യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെ ഈ ഊടാടിക്കൊണ്ടിരിക്കുന്നുവല്ലോ ലൂയ്യാ എല്ലവരെയും തൊടണമേ എല്ലാവരും സമർപ്പിച്ചതെന്ന് ഏറ്റുവാങ്ങണമേ നിന്റെ കർത്താവേ അവര് ദൈവമെഴുതി തന്ന ഉടമ്പടി അവിടുന്ന് ഒപ്പിട്ട് കൊടുക്കണമേ ഹലുയ ഹാലുയ്യ ഹാലുയ്യ നിത്യതയിലേക്ക ഉടമ്പടി സൂക്ഷിക്കപ്പെടണമേ ഹാലലുയ്യ മൺകുടത്തിൽ ഉടമ്പടി സൂക്ഷിച്ചു വെക്കണമേ ഇരമ്യാവിന്റെ കാലത്ത് മൺകുടത്തിൽ ഉടമ്പടി സൂക്ഷിച്ചു വെച്ചതുപോലെ ഈ മക്കളുടെ ഉടമ്പടി ദൈവത്തിന്റെ അത്ഭുതകരമായ കരത്തിന്റെ സ്പർശമേറ്റ് അത് മൺകുടത്തിൽ നിക്ഷേപിച്ചു വെക്കണമേ മൺപാത്രങ്ങളിലോ നിക്ഷേപിച്ചത് ർത്താവേ എല്ലാവരെയും കെട്ടെല്ലാവരുടെ മേലും ആത്മാവിനെ അയക്കണമേ തീരുമാനമെടുത്ത് ഉടമ്പടി പറഞ്ഞ എല്ലാവരെയോ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണമേ ദേശങ്ങളെ ആത്മാവിനാൽ നിറയ്ക്കണമേ പഴയ ഉണർവ് പകരണമേ ഉണർവിന്റെ തീജുവാലി ആളി പടരണമേ എതിരാളികൾ പോലും എന്റെ യേശുവിന്റെ കുരിശിലെ സ്നേഹം കാണാൻ എല്ലാ നന്മകളാളും നിറയ്ക്കണമേ യേശു രാജകീയ നാമത്തിൽ തന്നെ ആമീൻ ഹലോയ്യ ഹലുയ ഹലോയ്യ സ്ത്രം